പുസാ ശോചതി വിമുക്ത വിമുച്യത ഹംസിഷദ് വസുരന്തരീക്ഷ ഹോതീഷണസൃത വ്യോമസോജ്രിജ മധ്യാമനം വിശ്വേ ദ ശരീരസ്ഥിശിഷ്യത്തെ ഏതത് മയി തത് ന മറ്റോ ജീവതി കീവതിശ്രിതം പ്രവക്ഷ്യമ ഗുഹ്യം ബ്രഹ്മ സനതം യം പ്രാപ്യ ആത്മാവതി ഗൗതമോനി ശരീരേനേന്യമുത तदेव तदेव तद्ब्रह्मा, ു ജാഗർത്തിരുഷോ നിർമ്മിമാണേ ശുക്തേമൃതമു തസ്ോക सर्वे, േ കൈ തഥൈകോനം പ്രവിഷ്ടോതിഭൂവേഗസ്തൂതമാ േസ്തൂതമാ ോ ബഹിശ സൂര്യോ യഥോക ചുർ നക്ഷുഷർബാഹ്യ ദോഷൂതരാത്മാ सर्व सर्व सर्व लोक न वशी ുഃഖേന ബാഹ്യേകോ വശീ സർഭൂതരാത്മാ എം ബഹുധമസ്ഥം എു വശ്യത്തി ശതംരോഹൂ വിദാതി കാസ്ു പശ്യേ ധീരാ ശാശ്തീതം കഥം ഭാതി ചന്ദ്രതാരേമോ ഭാതി കൂതോയ തമേ ഭുഭാതി അസേ ഭദം വിഭാതി സർവാത്മഭാവം അതിന്റെ സാക്ഷാത്കാരത്തിന്റെ ഫലം അത് ശാശ്വത ശാന്തിയാണ് അതാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് ശാന്തിയെ പ്രാപിക്കുന്നതിന് സർവാത്മഭാവ സാക്ഷാത്കാരമാണ് ഉപായം എന്ന് നിർദ്ദേശിച്ചിട്ട് അടുത്ത മന്ത്രത്തിൽ പറയുന്നത് Anardesiam paramam sukham vibhadi va കഥം തദ്ദി sukham സുഖം അനിർദ്ദേശ്യം നിർദ്ദേഷം paramam പരമം പ്രകൃഷ്ടം പ്രാകൃതബുദ്ധോ ൃതപുരുഷവാരോരമ നിവൃത്തെഷണമേദി ത ആത്മവിജ്ഞാനം ഇതുവരെ ചർച്ച ചെയ്തതായ ആത്മവിജ്ഞാന അതെന്താണ് സുഖം ആത്മവിജ്ഞാനത്തെ കുറിച്ച് ശ്രുതി പറയുന്ന എന്താണ് അത് സുഖസ്വരൂപമാണ് സുഖം എന്നേ പറയാൻ പറ്റും അതിൽ കൂടുതൽ അതിനെ വിശദീകരിക്കാനൊക്കത്തില്ല നിർദ്ദേശ്യം ഇന്ന രീതിയിലാണ് എന്ന് നിർദ്ദേശിക്കുന്നതാണ് കഴിയുന്നതല്ല ഒരു തരത്തിലുള്ള സുഖവും വിഷയസുഖം പോലും ഇന്ന തരത്തിലൊന്നും നിർദ്ദേശിക്കാൻ കഴിയത്തില്ല സുഖത്തിന് വിശദീകരണമില്ല നിർവചനമില്ല വ്യാഖ്യാനമില്ല കേവലം അനുഭവ വേദ്യമാണ് സുഖം അനുഭവത്തിലൂടെ അതിനെ അറിയാൻ പറ്റും അനുഭവത്തിലൂടെ വേറെ ആൾക്ക് ബോധിപ്പിക്കാൻ പറ്റും അതുകൊണ്ട് അതിനെ സുഖം എന്നുള്ള ശബ്ദം കൊണ്ട് പറ്റൂ അനിർദ്ദേശം നിർദ്ദേശം അശയ്ക്കും ഇന്നതാണെന്ന് നിർദ്ദേശിക്കാൻ കഴിയില്ല അതാണ് ആത്മവിജ്ഞാനം സർവാത്മഭാവം ഒരുവന് കൊടുക്കുന്ന സുഖം പരമം ുഖം എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖമാണ് അല്ല പറയുന്നു പരമം സുഖം പ്രകൃഷ്ഠമായ സുഖമാണ് പ്രകൃഷ്ഠമായ സുഖം എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ജീവൻ അനുഭവിച്ചു ഏറ്റവും വലിയ സുഖമാണ് അതുമല്ല പ്രാകൃത പുരുഷ വാങ് മനസയോർ അഗോചരം പ്രാകൃത പുരുഷന്റെ അസംസ്കൃത ബുദ്ധിയുടെ വാക്കിനും മനസ്സിനും ഒന്നും വിഷയമല്ലാത്തത് സംസ്കൃത ചിത്തന് മാത്രം വിഷയമായിരിക്കുന്നതെന്ന് ഇനി പറയും അന്തക്കണ്ണ സംസ്കാരം ശ്രദ്ധിക്കാത്ത ഒരുവന്റെ വാക്കിനോ ഒന്നും വിഷയമല്ലാതിരിക്കുന്ന പ്രകൃഷ്ടമായ സുഖം അതുകൊണ്ടതിന് താരതമ്യത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റത്തില്ല അതായത് സുഖത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖത്തെക്കാൾ വലിയൊരു സുഖം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖത്തിനോട് താരതമ്യമുള്ള ഇതിനും വലിയൊരു സുഖം എന്നുവെച്ചാൽ താരതമ്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സുഖം അങ്ങനെ ഒരു വലിയ സുഖം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരാൾ മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത് വലിയൊരു സുഖം നേടാൻ കഴിയും എന്ന് പറയും എന്നിട്ട് അതിന് നമ്മൾ പറയുക നിത്യമായ സുഖമാണ് എന്ന് പറയും അങ്ങനെയുള്ള അസുഖത്തെക്കുറിച്ചുള്ള ഭാവന കൽപ്പനയെല്ലാം സാധാരണ വിഷയ അനുഭവജന്യമായ സുഖവുമായി ബന്ധപ്പെടുത്തിയാണ് എല്ലാം പക്ഷെ ഇവിടെ പറയുന്ന സുഖം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സുഖമല്ല നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള സുഖങ്ങളെക്കാളും വലിയ ഒരു സുഖമല്ല പക്ഷെ ഒരു സുഖത്തെക്കുറിച്ച് നമുക്ക് അങ്ങനെ ഭാവന ചെയ്യാൻ കഴിയൂ പക്ഷെ ഇതങ്ങനെ ഒരു സുഖമല്ലേ എന്തുകൊണ്ട് എത്ര വലിയ സുഖത്തെക്കുറിച്ച് ഭാവന ചെയ്യാൻ കഴിഞ്ഞാലും സങ്കല്പിക്കാൻ കഴിഞ്ഞാലും ആ സുഖങ്ങളെല്ലാം എന്താണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖത്തിന്റെ അതേ സ്വഭാവമുള്ളതായിരിക്കും അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ എന്താണ് സാതിശയസുഖമാണ് താരതമ്യപ്പെടുത്തി മനസ്സിലാക്കാൻ കഴിയുന്ന സുഖമായിരിക്കും അങ്ങനെയൊരു സുഖമേ നമ്മുടെ സങ്കല്പത്തിന് അല്ലെങ്കിൽ ഭാവനത്തിന് വിഷയമാകത്തോ പരമാവധി പ്രതീക്ഷിക്കാവുന്ന അത് അങ്ങനെയൊരു സുഖമാണ് പക്ഷേ ഇവിടെ ആത്മജ്ഞാനത്തിന്റെ പ്രകടനത്തിൽ പറയുന്ന സുഖത്തിന് നമ്മളീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖവുമായിട്ട് യാതൊരു ബന്ധമില്ല എന്തുകൊണ്ട് കുറേയധികം പൂജ്യങ്ങൾ കൂട്ടിച്ചേർത്താൽ അതിന്റെ വില പൂജ്യം തന്നെ അതുപോലെ സംഭവിക്കത്തുള്ള ഈ സുഖം വർദ്ധിച്ച് വർദ്ധിച്ച് ഒരു പരമാവധി സുഖം വന്നുകഴിഞ്ഞാൽ അതൊരു സാധിശിശയസുഖമേ ആകത്തുള്ളൂ താരതമ്യസുഖമേ ആകത്തുള്ളൂ ഇവിടെ പറയുന്ന സുഖം എന്താണ് നിരതിശയം നിരതിശയമായ സുഖത്തെക്കുറിച്ചാണ് പറയുന്നത് പരമം പ്രകഷ്ടം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഭാവനയ്ക്കോ നമ്മുടെ താരതമ്യ ചിന്തയ്ക്കോ ഒന്നും ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരു സുഖമാണ് അതൊരു സുഖത്തിന്റെ ആധികൃമല്ല വർധനമല്ല ഒരു സുഖത്തിന്റെ പരമാവധിയല്ലാതെ മറിച്ച് അത് നിരദേശീയമായ സുഖമാണ് എന്ന് പറഞ്ഞാൽ ഹജ്ഞനായ ഒരുവൻ ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്തത് അതാണ് പറഞ്ഞത് വാങ് മനസ്സയോർ അഗോചരം വാക്കുകൊണ്ട് വിശദീകരിക്കാനോ മനസ്സുകൊണ്ട് സങ്കല്പിക്കാനോ കഴിയാത്ത ഒന്ന് അതിനെയാണ് ഇവിടെ സുഖം എന്ന് പറയുന്നത് ഇങ്ങനെ സുഖം എന്നെന്തിന് നിർദ്ദേശിക്കുന്നു കാരണം അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലൌകികമായ സുഖദുഃഖങ്ങൾക്കപ്പുറമാണ് ലൗകികമായ ദുഃഖം സ്പർശം അതിലില്ല എന്നാൽ ഈ സുഖത്തിനും അപ്പുറമാണ് അതുകൊണ്ട് നമ്മൾ സങ്കല്പിക്കുന്ന വാങ് ഗോചരമായിരിക്കുന്ന വാക്കിനും മനസ്സിനും വിഷയമായി നമുക്ക് സങ്കല്പിച്ചെടുക്കാവുന്ന ഒരു വലിയ സുഖം ആ വലിയ സുഖമല്ല ഇത് ആത്മവിജ്ഞാനസുഖം എന്നുകൂടെ സ്പഷ്ടമാക്കുകയാണ് അതുകൊണ്ട് വലിയൊരു സുഖപ്രതീക്ഷയിൽ അതായിരിക്കും ഇതിന്റെ ഫലമെന്ന് കരുതാൻ പാടില്ല അങ്ങനെ പ്രതീക്ഷിക്കുന്നത് പ്രാകൃത ബുദ്ധിക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയൂ അങ്ങനൊരു സുഖമല്ല ഇത് അങ്ങനെയാണെങ്കിലും ആ പിൻ ഇതങ്ങനെ മനസ്സിന് വിഷയമാകാത്തൊരു സുഖമാണ് നിരുതിശയമായ സുഖമാണ് അങ്ങനെയാണെങ്കിലും ണന്മാരായ ആഗ്രഹങ്ങളെല്ലാം വെടിഞ്ഞ ബ്രാഹ്മണർ സർവ ആഗ്രഹങ്ങളും നശിച്ച ആത്മജ്ഞാനികൾ തേ അവരെന്ന് പറയുന്നു യത് തത് ഏതത് ഇവിടെ ഈ പറഞ്ഞതായ ഇതുവരെ ചർച്ച ചെയ്തതായിട്ടുള്ള ഈ പരമം സുഖം അത് പ്രത്യക്ഷം ഏവേരി മഞ്ഞന്തി അവരിതിനെ പ്രത്യക്ഷമായി തന്നെ സ്വീകരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വാനുഭവസിദ്ധമാണ് അജ്ഞനെ സംബന്ധിച്ചിടത്തോളം അനുഭവ അതീതമായിരിക്കുന്ന ഇത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷമായി തന്നെയിരിക്കുന്നു ഈ ജ്ഞാനം സാക്ഷാത്കാരം അപരോക്ഷാനുഭൂതി എന്നെല്ലാം രീതിയിൽ വർണ്ണിക്കപ്പെടുന്ന ഇത് ഇത് ആത്മവിജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷമാണ് ആ സുഖം അജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭാവന ചെയ്യാൻ കൂടി കഴിയുന്നില്ല അല്ലെങ്കിൽ അവരെന്താണ് ഭാവന ചെയ്യുന്നത് അതിനും അപ്പുറമാണ് അതാണ് ഇതിന്റെ പ്രത്യേകത അതുകൊണ്ട് സുഖം സുഖം എന്ന് കഴിയുമ്പോൾ അതൊരു വലിയ സുഖമാണ് നമ്മുടെ ഭാവനയിൽ കാണുന്ന ആ സുഖത്തിന് നേടുകയാണ് മോക്ഷം എന്ന് നമ്മൾ ധരിക്കാൻ പാടില്ല ഭാവനയിൽ ആ സുഖം ഒരിക്കലും പ്രകാശിക്കില്ല എന്നാണ് അതാണ് പരമം സുഖം അനിർദ്ദേശ്യം അത് പരമമായ സുഖമെന്ന് പറയാം പക്ഷെ അത് അനിർദ്ദേശ്യമാണ് ഭിന്ന രീതിയിലെന്ന് മനസ്സിലാക്കി തരാൻ കഴിയത്തില്ല അതൊരു വലിയ സുഖമല്ല എന്നാണ് കാരണം വലിയ സുഖമാണെങ്കിൽ അത് മനുഷ്യനെ മടുപ്പിച്ചു ഇനി ഒരു വലിയ സുഖമാണ് നേടാൻ പോകുന്നത് ഇതിലൂടെ എന്ന് പറഞ്ഞാൽ ഏത് സുഖമായാലും നമുക്കറിയാം അനുഭവിച്ചു കഴിയുമ്പോൾ അതിൽ വിരക്തി വരും എത്ര വലിയ സുഖമായാലും ഈ ആത്മ ലാഭം എന്ന് വലിയ സുഖമാണെന്ന് പറഞ്ഞാൽ ആ സുഖത്തിൽ ഒരാൾക്ക് അധികം ഇരിക്കാനൊക്കത്തില്ല അതിലും മടുപ്പ് തോന്നും വിരക്തി വരും അതുകൊണ്ട് വലിയ സുഖം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖങ്ങളുമായി താരതമ്യപ്പെടുത്തിയൊരു വലിയ സുഖത്തെ നേടാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് കാര്യമില്ല കാരണം ആ സുഖവും ർഥമാണെന്ന് അനുഭവിച്ചു കഴിയുമ്പോൾ ഒരാൾ പോവും അതുകൊണ്ട് പറയുന്നു അത് നമ്മുടെ ഭാവനയിൽ മോക്ഷം ആനന്ദമാണ് സുഖമാണ് എന്ന് കരുതുമ്പോൾ ഒരിക്കലും അത് നമ്മളുടെ ഭാവനയിൽ കാണുന്ന ഒരു സുഖമല്ല അനിർദ്ദേശ്യമാണ് എന്നാൽ അതിന് പരമം സുഖം ദുഃഖസ്പർശമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഭാഷ്യകാരൻ വേറെ എടുത്ത് പറയും തൈത്തുര്യവൻഷത്തിന്റെ ഭാഷ്യത്തിനും മറ്റും പറയും എന്താണ് ഇവിടെ ഇത് സുഖമാണ് എന്ന് കരുതുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ധരിച്ചു കളയരുത് നമ്മളനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖം പോലെയാണെന്ന് മറിച്ച് സുഖം സുഖം എന്ന് പറയുന്നത് അവിടെ ദുഃഖസ്പർശമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ദുഃഖം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് സുഖം നിലനിർത്താനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ലൗകികമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖവും ദുഃഖവും രണ്ടുപേരും പോലെ ദുഃഖമാണ് ഒരു വിവേകിക്ക് അതുകൊണ്ട് ഈ ദുഃഖങ്ങളില്ലാത്ത ഒരവസ്ഥ അതാണിവിടെ ുഖം എന്ന് പറയുന്നത് അല്ലാതെ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖമല്ല മറ്റൊരു പ്രത്യേകതയുണ്ട് ഇവിടുത്തെ സുഖം എന്ന് പറയുന്നത് ദുഃഖവുമായി താരതമ്യപ്പെടുത്തി മനസ്സിലാക്കുന്നതുമാണ് ഇവിടുത്തെ സുഖത്തെ തിരിച്ചറിയണമെങ്കിൽ ദുഃഖത്തിന്റെ അനുഭവം വേണം ദുഃഖാനുഭവമുള്ള ഒരാൾക്കെ സുഖത്തെ തിരിച്ചറിയാൻ പറ്റും ഇവിടെ ഇരുട്ടിനെ കുറിച്ചുള്ള ബോധം പോലെ സുഖവും ദുഃഖവും ഇവിടെ പരസ്പരം താരതമ്യപ്പെടുത്തിയാണ് റിയുന്നത് അതായത് നമ്മൾ ഇരുട്ടിനെ കാണും ബാഹ്യമായി നമ്മൾ കാണുന്ന ഇരുട്ടിനെ ഒരു അന്ധന് കാണാൻ കഴിയത്തില്ല അന്ധനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്ന ഇരുട്ട് അയാൾ ഒരിക്കലും കണ്ടിട്ടില്ല അയാളെ സംബന്ധിച്ചൊരു ഇരുട്ടുണ്ട് പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ഇരുട്ടില്ല കണ്ണുള്ളവൻ കാണുന്ന ഇരുട്ടില്ല കണ്ണില്ലാത്തവൻ കാണുന്ന ഇരുട്ട് എന്തുകൊണ്ട് ഈരുട്ട് കാണണമെങ്കിൽ വെളിച്ചവുമായി താരതമ്യൻചീതയെ അറിയാൻ പറ്റും കാരണം ഈ ഇരുട്ടും നമ്മൾ കാണുന്നുണ്ട് കണ്ണുകൊണ്ടും ഇരുട്ടിനെ കാണുന്നതും കണ്ണുകൊണ്ടാണ് വെളിച്ചത്തെ കാണുന്നതും കണ്ണുകൊണ്ടാണ് രണ്ടു കണ്ണുകൊണ്ട് കാണുകയാണ് ഇപ്പൊ കണ്ണില്ലാത്തവൻ എങ്ങനെ ഇരുട്ടിനെ കാണും എന്നാലും നമ്മൾ സാധനം പറയാറുണ്ട് എന്താണ് കണ്ണില്ലാത്തവനല്ല ഇരുട്ടാണ് എന്ന് പറയുന്നത് കണ്ണുള്ളതും കാണുന്ന ഇരുട്ടല്ല കണ്ണില്ലാത്തവനും കാണുന്നത് ഇവിടെ ഇരുട്ടും വെളിച്ചവും നമുക്ക് താരതമ്യൻചീതയെ മനസ്സിലാക്കാൻ പറ്റും ഇരുട്ടില്ലാത്തവന് വെളിച്ചമില്ല വെളിച്ചമില്ലാത്തവന് ഇരുട്ടുമില്ല ഇവിടെ രണ്ടിനും കണ്ണ് വേണം അപ്പം ഇതിനപ്പുറം നിൽക്കുന്ന ഒന്ന് നമുക്ക് സങ്കല്പിക്കാൻ വെയ്യ ഇതിനപ്പുറം നിൽക്കുന്ന ഒരു വെളിച്ചത്തെയും ഇതിനപ്പുറം നിൽക്കുന്ന ഒരിരുട്ടിനെയും കണ്ണ് ഉള്ള ഒരാൾ ഒരാൾക്ക് സങ്കല്പിക്കാൻ കഴിയത്തില്ല അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഈ സുഖ ദുഃഖങ്ങൾക്ക് അപ്പുറമുള്ള ഒരു ഒന്നു അതിനെ പരമം സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ നിർദ്ദേശം എന്നേ മനസ്സിലാക്കാൻ പറ്റും മനസ്സിന് വിഷയമുണ്ടാത്തത് വാക്കുകൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്തത് ഇതുമായിട്ട് താരതമ്യപ്പെടുത്തി ഇതിൽ നിന്നും വലുതെന്നോ ഇതിൽ നിന്ന് ചെറുതെന്നോ ധരിക്കാൻ പാടില്ല ബുദ്ധി കൊണ്ട് ആലോചിച്ച് യുക്തിയിലൂടെ വിചാരം ചെയ്ത് അതിനെ അറിയാൻ പറ്റത്തില്ല അതാണ് അടുത്ത് പറയുന്നത് കഥം നോ കേനപ്രകാരേണു അഹം വിജാനീയം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ വിശദീകരിച്ചു കഴിഞ്ഞാൽ ആശയക്കുഴപ്പം പറ്റും കഥം നു കേനപ്രകാരേണ ഏത് തരത്തിലാണ് എന്ത് യുക്തി ഉപയോഗിച്ചിട്ടാണ് തത്സുഖം അഹം വിജാനീയാം അസുഖത്തെ അറിയാൻ കഴിയുന്നത് ഈ അജ്ഞതയിൽ ഇരുന്നുകൊണ്ട് ആ ജ്ഞാനത്തെ എങ്ങനെ ഗ്രഹിക്കാൻ കഴിയുമെന്നാണ് ഇരുട്ടിലിരുന്നുകൊണ്ട് എങ്ങനെ ആ വെളിച്ചത്തെ ഗ്രഹിക്കാൻ കഴിയും എങ്ങനെ അതിനെ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് കഥം വിജാനീയം ഇത് ആത്മബുദ്ധി വിഷയം ആപാതയേയും യഥാർത്യ ആ സുഖത്തെ അവൻ അറിയാൻ ആഗ്രഹിക്കുകയാണ് ഇതം ഇത് ഇത് ഇങ്ങനെയാണ് ആ സുഖം എങ്ങനെയാണോ ലൗകിക സുഖത്തെ അനുഭവിക്കുന്നത് അഹം സുഖി ഞാൻ സുഖിമാനാണ് ഞാൻ സുഖത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ എനിക്കിപ്പോ സുഖമുണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അസ്വസ്ഥതയില്ല ദുഃഖമില്ല ഭയമില്ല അശാന്തി ഇല്ല പറയുന്നു ഞാൻ സുഖിയാണ് എനിക്ക് സുഖമുണ്ട് ഇതമിതി എന്ന് ആത്മബുദ്ധി വിഷയം ആപാതയേയും എങ്ങനെയാണ് ഇതിനെ സ്വബുദ്ധിക്ക് വിഷയമാക്കുന്നത് ആത്മബുദ്ധി വിഷയം ആപാതയേയും ആക്കി തീർക്കേണ്ടത് എങ്ങനെയാണ് നേരത്തെ യഥാ നിവൃത്തേഷണാഹ യഥേഹ യതിമാർ ഇതിനെ അറിയുന്നു എന്ന് പറഞ്ഞു അതുപോലെ ഞാനെങ്ങനെ അറിയും എന്നാണ് ഇവിടെ ജിജ്ഞാസുവായ ഒരുവൻ ചോദിക്കുന്നത് എനിക്കതിനെ ഈ ലൗകികസുഖം പോലെ തന്നെ അതിനെ അറിയാൻ കഴിയണം അതെങ്ങനെ ഒരാൾക്ക് അറിയാൻ കഴിയും പറയുന്നത് അറിയാൻ കഴിയത്തില്ല കിമു തദ്ധി ദീപ്യത പ്രകാശാത്മകം കിമു ഭാതി തദ്ദോ അസ്മത്ബുദ്ധി ഗോചരത്വന ഈ ഭാതി വിസ്പം ധരിച്ചത് കിമ്മാതി ഇതെങ്ങനെ അറിയാൻ പറ്റും കിമു തദ്ധി ദീപ്യതാണ് അത് പ്രകാശിക്കുന്നുണ്ടോ അങ്ങനെ ഒരു സുഖമുണ്ടോ ആ സുഖത്തിന്റെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിരുന്നുകൊണ്ട് എങ്ങനെയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇത്രയും ചിന്തിക്കാൻ പറ്റൂ വിമുത്തഭാതി ദീപ്പിൽ അത് പ്രകാശിക്കുന്നുണ്ടോ പ്രകാശാത്മകം പ്രകാശാത്മകമായിരിക്കുന്ന അത് പ്രകാശിക്കുന്നുണ്ടോ തദ്ധ അസ്മത് ബുദ്ധി ഗോചരത്വന് ഈ ഭാതി വിസ്പഷ്ടം ദൃശ്യതേക്കുമ്പോ ഈ ബുദ്ധിക്ക് വിഷയമായി എന്റെ ഈ ബുദ്ധിക്ക് വിഷയമായി അത് അനുഭവപ്പെടുമോ ഇല്ലയോ ഈ തരത്തിൽ ഒരു ജിജ്ഞാസുവിന് സംശയം വരാം എങ്ങനെ അതിനറിയാൻ കഴിയും പറയുന്നു അത് നിവൃത്തിയേഷണന്മാർക്ക് മാത്രം അങ്ങനെയുള്ള യതികൾക്ക് മാത്രമേ അതിനറിയാൻ കഴിയൂ അല്ലാത്തവന് അത് ഈ സംശയ രൂപത്തിൽ ഇരിക്കത്തെയോ എന്നർത്ഥം എപ്പോഴാണോ അയാളുടെ ഉള്ളിലെ അജ്ഞാനം മറ നീങ്ങുന്നത് അപ്പോൾ മാത്രമേ അയാൾക്ക് ഈ പറയുന്ന അനിർദ്ദേശീയമായിരിക്കുന്ന സുഖത്തെക്കുറിച്ചുള്ള ബോധം ഇതൊരു ചോദ്യമാണിവിടെ കിമു ഭാതി വിഭാതി വ അത് അനുഭവപ്പെടുന്നു അതെ അനുഭവപ്പെടുന്നില്ലയോ തനിക്കിത് അനുഭവപ്പെടുമോ അനുഭവപ്പെടില്ലയോ അതിന് ഉത്തരം അടുത്ത മന്ത്രത്തിലാണ് പറയുന്നത് അത്ര ഉത്തരമിതം ഇതിന്റെ ഉത്തരം എന്താണോ നുഭവപ്പെടുന്നുണ്ടോ ഇല്ലയോ ബാധിച്ച വിഭാദിച്ച രണ്ടും പറയാം അതിന് അനുഭവപ്പെടുന്നുണ്ടെന്നും പറയാം അനുഭവപ്പെടുന്നില്ലെന്നും പറയാം രണ്ടു തരത്തിലും പറയാം ഒരു തരത്തിൽ പറയുന്ന എന്താണ് അജ്ഞന് അത് അനുഭവപ്പെടുന്നില്ല ഞാനിക്ക് അത് അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറയാം മറ്റൊരു തരത്തിൽ അജ്ഞനെ സംബന്ധിച്ചും പറയാം ഇത് അനുഭവപ്പെടുന്നുണ്ട് അനുഭവപ്പെടുന്നില്ല ഒന്നു പറയുന്നത് ഞാനിയും അജ്ഞനെയും നിർത്തിക്കൊണ്ടാണ് ഞാനിത് സംബന്ധിച്ചത് പ്രകാശിക്കുന്നു അജ്ഞനെ സംബന്ധിച്ച് പ്രകാശിക്കുന്നില്ല ഇനി അജ്ഞനെ സംബന്ധിച്ച് മാത്രവും പറയാം ഇത് പ്രകാശിക്കുന്നുണ്ട് പ്രകാശിക്കുന്നില്ല ഇത് പ്രകാശിക്കുന്നുണ്ട് അതിന്റെ ഭാഗികമായ പ്രകാശം അനുഭവം അതിന്റെ പൂർണതയായുള്ള പ്രകാശനം അതിന്റെ സാക്ഷാത്കാരമില്ല പരോക്ഷമായി പ്രകാശിക്കുന്നു അപരോക്ഷമായി പ്രകാശിക്കുന്നില്ല അത് അന്യമായി പ്രകാശിക്കുന്നു സ്വരൂപേനെ പ്രകാശിക്കുന്നില്ല അതാണ് അജ്ഞനെ സംബന്ധിച്ച് വരുന്നത് അജ്ഞനെ സംബന്ധിച്ച് ആത്മബോധമുണ്ട് സർവ്വവിഷയ അനുഭവങ്ങളിലൂടെയും സർവ്വത്തിലൂടെയാണ് ആത്മാവിനെ തന്നെ സദാ ഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ അന്യത്വം എന്നെ ഗ്രഹിക്കുന്നു വിഷയത്വം ഗ്രഹിക്കുന്നു ആത്മാവിനെ സ്വരൂപത്വം എന്നെ സാക്ഷാത് അഹം അസ്മി ഗ്രഹിക്കുന്നില്ല ആത്മാവിനെ തന്നെയാണ് ശബ്ദസ്പർശ രൂപരസാനുഭവങ്ങളിലൂടെ വിഷയാനുഭവങ്ങളിലൂടെ സദാ ബോധിച്ചുകൊണ്ടിരിക്കുന്ന അത് തന്നെ പക്ഷെ അത് തന്റെ സ്വരൂപമാണെന്ന് ബോധിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അജ്ഞനെ സംബന്ധിച്ചും ആത്മാവ് പ്രകാശിക്കുന്നുണ്ട് അജ്ഞനെ സംബന്ധിച്ചിടത്തോളം അനുഭവം എന്ന് പറയുന്നത് എവിടെയുണ്ടോ സർവ്വാനുഭവങ്ങൾ എന്താണ് ആത്മാനുഭവമാണ് പ്രതിബോധവിദിതം മതം മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് ബോധം ഇവിടെയുണ്ടോ ആ ബോധമെന്ന് പറയുന്നത് ആത്മാനുഭവം തന്നെയാണ് കാരണം അത് ആത്മാവിന്റെ സ്വരൂപമാണ് ബോധമെന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാ അനുഭവങ്ങളിലൂടെയും ശബ്ദസ്പർശ രൂപ രസഗന്ധരൂപത്തിലുള്ള ഈ പ്രപഞ്ച പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ഉണ്ടാകുന്ന ഈ അനുഭവങ്ങൾ ഈ അനുഭവ ഈ അനുഭവങ്ങളിലെല്ലാം അനുഭവ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് ആത്മ സ്വരൂപം തന്നെ പക്ഷേ അതിന് അതിന്റെ പൂർണ്ണതയിൽ യഥാർത്ഥമായി ഗ്രഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ബാധിച്ച വിഭാജി അത് അറിയുന്നു അറിയുന്നില്ല അല്ലെങ്കിൽ അറിയുന്നു വിശേഷരൂപത്തിൽ അറിയുന്നില്ല ഇത് അജ്ഞനെ സംബന്ധിച്ച തുല്യമാണ് അതാണ് അടുത്ത് വിശദീകരിക്കുന്നത് അടുത്ത മന്ത്രത്തിൽ വിടെന്നും സന്ധിയില്ല സ്പഷ്ടമാണ് ആ നിർദ്ദേശം പരമം സുഖം കഥന്നു തത് വിജാന ഞാൻ എങ്ങനെയാണ് അതിനറിയുന്നത് വിഭാതി വനുഭവപ്പെടുന്നുണ്ടോ അതിന്റെ പൂർണതയിൽ അനുഭവപ്പെടുന്നുണ്ടോ അതോ ഇല്ലയോ ൂര്യോഭാധി <muchas> <tod> ചന്ദിദോ ഭന്തി കൂത്തനുഭാതിസ്വാത്മഭൂരി ബ്രഹ്മി എങ്ങനെയുള്ള ബ്രഹ്മ സ്വാത്നഭൂതി സ്വരൂപഭൂതമായിരിക്കുന്ന താൻ തന്നെയായിരിക്കുന്ന ബ്രഹ്മത്തിൽ സർവഅവഭാസഗോപി സൂര്യ സർവത്തെയും പ്രകാശിക്കുന്നവനാണെങ്കിലും സർവത്തെയും പ്രകാശിപ്പിക്കുന്നവനും സ്വയം പ്രകാശിക്കുന്നവനുമാണെങ്കിലും ആ സൂര്യൻ ഭാതി അവിടെ പ്രകാശിക്കുന്നില്ല സൂര്യന്റെ പ്രകാശം കൊണ്ട് അതിനെ അറിയാൻ കഴിയുന്നില്ല ബാഹ്യേന്ദ്രിയങ്ങളിലൂടെ അതിനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല സൂര്യപ്രകാശത്തിലൂടെ അറിയുന്ന സർവവും ബാഹ്യേന്ദ്രിയുടെ ബാഹ്യേന്ദ്രിയുടെ അറിയുന്ന വസ്തുക്കളാണ് തദ്ബ്രഹ്മനെ പ്രകാശി അതിൻ്റെ താല്പര്യം ഇതാണ് സൂര്യന്റെ പ്രകാശം കൊണ്ടറിയുന്നതിന് നമ്മൾ ബാഹ്യേന്ദ്രിയങ്ങളിലൂടെ അറിയുന്നു ഈ ബ്രഹ്മത്തെ ബാഹ്യേന്ദ്രിയ പ്രകാശിക്കാൻ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യമില്ല എന്നർത്ഥം അതിനെ അറിയുന്നതിനുള്ള ശ്രമങ്ങൾ ഇത് സ്വരൂപമായിരിക്കുന്നത് കൊണ്ട് തന്നെ അതായത് തന്റെ സ്വരൂപം പ്രകാശ സ്വരൂപമാണ് താൻ വാസ്തവത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്റെ കുറിച്ച് താൻ അറിയുന്ന എന്താണ് താൻ അജ്ഞനാണെന്നറിയുന്നത് താൻ അജ്ഞാനത്തോട് കൂടിയവൻ എന്നാണ് അറിയുന്നത് ഏതറിവിലും തന്നിൽ അറിവില്ലായ്മ കൂടി നിൽക്കും ഒരു കാര്യത്തെ അറിയുമ്പോൾ പല കാര്യങ്ങളും അറിയാതിരിക്കുന്നു അതുകൊണ്ട് തന്നെ കുറിച്ചുള്ള തന്റെ അറിവ് അജ്ഞൻ എന്നാണ് ശ്രുതിയിൽ നിന്നും ആണ് മനസ്സിലാക്കുന്നത് പരമാർത്ഥത്തിൽ തന്നെ അജ്ഞാനമില്ല താൻ ആ പൂർണ്ണബോധ സ്വരൂപനാണ് അജ്ഞാനരഹിതനാണെന്നും മറ്റും അറിയുന്നത് അങ്ങനെ അറിഞ്ഞുകഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുവൻ തന്റെ ആ പൂർണമായ ജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിക്കും ആ പൂർണമായ ജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന എങ്ങനെ അവന്റെ ആ ജീവന്റെ ബുദ്ധി അന്തക്കരണം എന്ന് പറയുന്ന ഒരു ഉപാധിയെ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനുവേണ്ടി ശ്രമിക്കുന്നത് എന്ന് പറയുന്ന ഉപാധി ഉപയോഗിച്ചുകൊണ്ട് പരിശ്രമിക്കുന്നത് അത് ഏതുപോലെ സൂര്യന്റെ പ്രകാശത്തെ അറിയാൻ മറ്റൊരു പ്രകാശത്തിന്റെ സഹായത്തോടു കൂടി പരിശ്രമിക്കുന്ന പോലും ജനിച്ചു നിൽക്കുന്ന സൂര്യനെ മനസ്സിലാക്കുന്നതിന് വേറൊരു പ്രകാശം ഉപയോഗിക്കുക അതുപോലെയാണ് തന്റെ ബുദ്ധിയെന്ന് പറയുന്ന ഉപാധിയെ ആശ്രയിച്ചുകൊണ്ട് അതിനെ ഉപയോഗിച്ചുകൊണ്ട് തന്റെ സ്വരൂപത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആ ശ്രമം സഫലമാവുന്നത് എപ്പോഴാണ് എപ്പോഴാണോ ആ ബുദ്ധി എന്ന് പറയുന്ന ഉപാധി നിഷ്പ്രയോജനമായിത്തീരുന്നത് ബുദ്ധി എന്ന് പറയുന്ന ഉപാധിക്കുക ഒരു പ്രയോജനമേ ഉള്ളൂ എന്താണ് അതിന് വിഷയമായിരിക്കുന്ന വസ്തുക്കളെ പ്രകാശിപ്പിക്കുക അതേ ഉള്ളൂ അതിന്റെ പ്രയോജനം നിർവിഷയമായ ഒരു വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നതിന് അതിന്റെ ആവശ്യമില്ല അതാണ് ഇവിടെ പറയുന്നത് ഈ ആത്മവസ്തുവിനെ പ്രകാശിപ്പിക്കാൻ സൂര്യപ്രകാശത്തിന്റെ ആവശ്യമില്ല ഇതൊരു പ്രകാശമാണ് ആത്മസ്വരൂപം എന്ന് പറയുന്ന ഒരു പ്രകാശമാണ് സൂര്യന്റെ പ്രകാശം ഒരു പ്രകാശമാണ് പക്ഷേ ആത്മസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നതിന് സൂര്യപ്രകാശം ആവശ്യമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് കാരണം സൂര്യപ്രകാശം ജഡപ്രകാശമാണ് ആ പ്രകാശം ജഡവസ്തുക്കളെ ഭൗതിക വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നതിന് അതിന് കഴിവുള്ളൂ സൂര്യൻ എന്ന് പറയുന്നത് എന്താണ് ഭൗതികമായൊരു വസ്തുവാണ് പഞ്ചഭൂതങ്ങളിൽ അഗ്നിയുടെ കാര്യമാണ് സൂര്യൻ അഗ്നിയുടെ കാര്യം എന്ന് പറയുമ്പോൾ അത് ഭൗതികമായി ഒരു ഭൂതത്തിൽ നിന്നുണ്ടായതാണ് അതുകൊണ്ട് അതിന് ഭൗതികമായ വസ്തുവിൽ മാത്രമേ പ്രവർത്തനമുള്ളൂ അതിന്റെ മണ്ഡലം ഭൗതിക തലത്തിലാണ് അപ്പൊ ഭൗതികമായ വസ്തുക്കളെ മാത്രമേ അതിന് പ്രകാശിപ്പിക്കാൻ കഴിയൂ അതുപോലെ ഒരു ഭൗതികമായ വസ്തുവാണ് അന്ധകരണം അന്ധകരണം അല്ലെങ്കിൽ ബുദ്ധി എന്ന് പറയുന്നതും ഭൗതികമാണ് അങ്ങനെ ഭൗതികമായിരിക്കുന്ന ആ ആത്മബോധത്തെ ഉണ്ടാക്കാൻ കഴിയില്ല എവിടെയാണോ ആ ഭൗതികമായ ബുദ്ധി നശിക്കുന്നത് അവിടെയാണ് ആത്മാവ് പ്രകാശിക്കുന്നത് ഏത് കാലം വരെ ഈ ഭൗതികമായ ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമോ അതുവരെ ഈ ആത്മപ്രകാശത്തിന് അത് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും ആത്മാവിന്റെ സ്വരൂപ പ്രകാശത്തിന് തടസ്സം സൃഷ്ടിക്കും അങ്ങനെ തടസ്സം സൃഷ്ടിക്കുന്ന ഒരു വസ്തുവിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരാൾ ആത്മബോധത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഒരു ജീവന് അങ്ങനെ പരിശ്രമിക്കേണ്ടി വരുന്നത് അതിനൊരു വൈരുദ്ധ്യമുണ്ട് എന്താണോ ആത്മപ്രകാശനത്തിന്റെ തടസ്സമായിരിക്കുന്നത് അതേ വസ്തുവിനെ ഉപയോഗിച്ചുകൊണ്ട് ആത്മബോധത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടി വരും ഈ വൈരുദ്ധ്യത്തിന് എല്ലാ വൈരുദ്ധ്യങ്ങൾക്കും കൊടുത്തിരിക്കുന്ന പേരാണ് മായ എന്ന് പറയുന്നത് അങ്ങനെ പ്രവർത്തിക്കേണ്ടി വരും ജിജ്ഞാസ ജ്ഞാനേച്ഛ ആ ജിജ്ഞാസയിൽ നിന്ന് പിന്നെ ബോധം അപ്പോൾ ഈ ജിജ്ഞാസയും തുടർന്നു വരുന്ന ബോധവും എല്ലാം എന്താണ് ജഡമാണ് അന്ധകരണത്തിന്റെ വിഭിന്ന പരിണാമങ്ങളാണ് അതുകൊണ്ടാണ് ശാസ്ത്രത്തിലൊക്കെ പറയുന്നത് എന്താണ് ആത്മ പ്രകാശത്തിൽ ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ബുദ്ധിയിൽ നശിക്കുന്നു വൃത്തിനാശം പൂർണ്ണമായ വൃത്തിനാശം സംഭവിക്കുന്നു ബുദ്ധി ആ അന്ധകരണ ബുദ്ധിയാണ് വൃത്തി എന്ന് പറയുന്നത് ആ ബുദ്ധി എന്ന് പറയുന്നത് സദാ ആത്മരൂപത്തിൽ പരിണമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആത്മചിന്തനം നടത്തുമ്പോൾ സദാ വിഷയരൂപത്തിൽ പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് സഹജമായി അതാണ് ബഹുർമുഖമായ അന്ധകരണ വൃത്തി അതിനൊരാൾ ആത്മാകാരമാക്കാൻ ശ്രമിക്കുന്നു ആത്മോന്മുഖമാക്കാൻ ശ്രമിക്കുന്നു അത് ആത്മാകാരമായി പരിണമിക്കാൻ ശ്രമിക്കുന്നു അപ്പം നിരാകാരമായിരിക്കുന്ന ആത്മരൂപത്തിൽ പരിണമിക്കുന്നതിനുള്ള അതിൻ്റെ ഒരു ശ്രമം അതാണ് ആത്മമനനം ധ്യാനം എന്നെല്ലാം പറയുന്നത് പക്ഷെ ആ ശ്രമത്തിന്റെ ഒടുവിലെന്താണ് സംഭവിക്കുന്നത് അതിന്റെ നാശമാണ് കാരണം ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ അതിന് കഴിയത്തില്ല എന്നാണ് അപ്പൊ സൂര്യനെ പ്രകാശിപ്പിക്കാൻ വേണ്ടി ഒരു മെഴുതിരിയുടെ വെളിച്ചം അങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ നിഷ്പ്രയോജനമായിത്തീരുന്നു ഇവിടെ അത് നശിച്ചു ഇവിടെ ബുദ്ധിവൃത്തി വിലയിക്കുന്നു അതിനെ പ്രകാശിപ്പിക്കാനുള്ള ശക്തി ഇല്ലാതെ പക്ഷെ ആ പരിശ്രമം കൊണ്ടുണ്ടാകുന്ന ഗുണമെന്താണ് ഗുണം അതിന് തടസ്സങ്ങളായിരിക്കുന്ന സർവവൃത്തികളെയും അത് വെള്ളത്തിലേക്ക് പൊടിച്ചിട്ട് കഴിഞ്ഞാല് അത് അതിലുള്ള സർവ മാലിന്യങ്ങളെയും നശിപ്പിച്ച് അത് സ്വയം നശിക്കുന്നു അതുപോലെ ഈ ആത്മാകാരമായി വൃത്തി ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള അന്ധകരണത്തിന്റെ പരിണാമ രൂപത്തിലുള്ള അത് സർവ അന്ധകരണ മാലിന്യങ്ങളെയും നശിപ്പിച്ചുകൊണ്ട് സ്വയവും നശിക്കുന്നു എന്ന് ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കും എന്തുകൊണ്ടങ്ങനെ നശിക്കേണ്ടി വരുന്നു അതിനൊരിക്കലും ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല അതിന് ദൃഷ്ടാന്തമായിട്ടാണ് സൂര്യന്റെ ഉദാഹരണം പറഞ്ഞത് സൂര്യനൊരിക്കലും അതിനെ പ്രകാശിപ്പിക്കാൻ കഴിയത്തില്ല സൂര്യനെ മറ്റൊരു ദീപം പ്രകാശിപ്പിക്കാത്തതുപോലെ അതുപോലെ താരകം ചന്ദ്രനോ താരകങ്ങൾക്കോ ഇതിനെ പ്രകാശിപ്പിക്കാൻ കഴിയത്തില്ല ഇമാറുന്നു ിണറുകൾ ന ഭാന്തി അവിടെ പ്രകാശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല ഏത് കടുത്ത അന്ധകാരത്തിലും വസ്തുക്കളുടെ ഞാനുണ്ടാക്കി തരുന്ന ഒന്നാണ് മിന്നൽപ്പിണർ ശക്തമായ പ്രകാശമാണ് അങ്ങനെയുള്ളൊരു ശക്തമായ പ്രകാശത്തിന് പോലും ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുക ഈ പ്രപഞ്ചത്തിലെ സർവാഭാസകങ്ങൾ അനേക വിഷയങ്ങളും ഒരുമിച്ച് പ്രകാശിപ്പിക്കാൻ കഴിയുന്നുള്ള സൂര്യനും ചന്ദ്രനും മിന്നലിനും എല്ലാം ഉദാഹരണമായിട്ടെടുത്തിട്ട് കുത്തുവയും അസ്മത് ദൃഷ്ടി ഗോചരഹ അഗ്നിഹി നമ്മുടെ ഈ ഭൂമിയിലുള്ള ഈ ചെറിയ ദീപനാളങ്ങൾ അഗ്നി അതിന്റെ കാര്യം കുത്തഹ എന്താണ് പറയാനുള്ളത് പ്രകാശിപ്പിക്കാൻ കഴിയത്തില്ല എന്നാണ് ഇത് നമ്മുടെ ബുദ്ധി വൃത്തികളെ സംബന്ധിച്ചും പറയുക അപ്പോൾ ആത്മാവിനെ അറിയാൻ വേണ്ടി നമ്മൾ ശ്രവണം ചെയ്യുന്നു അല്ലെങ്കിൽ പഠിക്കുന്നു ചിന്തിക്കുന്നു അപ്പൊ ഈ അറിവ് എന്ന് പറയുന്നത് സൂര്യന്റെ പ്രകാശം പോലെയും ചന്ദ്രന്റെ പ്രകാശം പോലെയും മിന്നൽ പിണറുകൾ പോലെയൊക്കെയാണ് സദാസമയം നമ്മളിൽ ഉണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കുന്ന അറിവ് ആ അറിവ് അഗ്നിക്ക് സമാനമാണ് ഈ എല്ലാ അറിവുകളും അറിഞ്ഞോ അറിയാതെയോ ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മറ്റൊരു കാര്യം സർവവിജ്ഞാനവും ഒരു ജീവനുപ്രദക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സർവ്വവിജ്ഞാനവും അത് വിഷയപ്രകാശനമാണെങ്കിലും വിഷയങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും സഹജമായി അവ ശ്രമിക്കുന്ന എന്താണ് ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആത്മപ്രകാശനത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ സംഭവിച്ചു പോകുന്നത് അവിടെ പ്രകാശിക്കുന്ന വിഷയമാണെന്നേ ഉള്ളു അതാണ് പ്രതിബോധവിഹിതം എന്ന് പറയുന്നത് എന്തുകൊണ്ടത് അങ്ങനെ സംഭവിക്കുന്നു എന്നാണ് അതുകൊണ്ടാണ് വേറെ രീതിയിൽ പറയുന്ന എന്താണ് സർവ്വ ജീവന്മാരും മോക്ഷത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് അടയാളമായി പറയുന്ന എന്താണ് സുഖപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ജീവന്റെ യത്നം സുഖം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർവ്വ ജീവന്മാരെ ശ്രമിക്കുന്നത് അതൊരടയാളമാണ് ആ യത്നം ആ പരിശ്രമം എന്താണ് മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് അത് എന്നുള്ളതിന് സുഖം എന്ന് പറയുന്നതാണ് സ്വാതന്ത്ര്യം മോക്ഷം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം ഒരാൾ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതാണ് സഹജമായിട്ട് തന്നെ പക്ഷെ ആ പരിശ്രമം അവനെ കൊണ്ടുനിന്ന് എത്തിക്കുന്നത് വിഷയവിജ്ഞാനത്തിലാണെന്നേ ഉള്ളു ശരിയായ ദിശയിൽ പരിശ്രമിക്കണമെങ്കിൽ ബോധപൂർവം പരിശ്രമിക്കണം അങ്ങനെ ബോധപൂർവം ഉള്ള പരിശ്രമം ആണ് ആത്മ ധ്യാനം ആത്മമനനം എല്ലാം ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ് അതുകൊണ്ട് ഈ അഗ്നിയുടെ രൂപത്തിൽ പ്രപഞ്ചത്തിൽ കാണുന്ന അഗ്നിയിലൂടെ ആ അഗ്നിയുടെ രൂപത്തിലുള്ള സർവ അന്ധകരണപ്പെടുത്തികളും ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ വേണ്ടി സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ പരിശ്രമത്തിന്റെ ഫലമായി സംഭവിക്കുന്നത് വിഷയപ്രകാശനമാണ് അതിനെയാണ് മായാശക്തി വൈരുദ്ധ്യം എന്ന് പറയുന്നത് ആത്മചിന്തയിൽ വരുന്ന എല്ലാ വൈരുദ്ധ്യങ്ങൾക്കും വൈരുദ്ധ്യങ്ങളെന്ന് നമ്മൾ തോന്നുന്ന എല്ലാ വൈരുദ്ധ്യങ്ങൾക്കും ഒരൊറ്റ വിശദീകരണമേ ഉള്ളൂ മായ എന്ന് പറയും ആത്മാവിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ട് വിഷയത്തെ അറിയുന്നു മായ ആത്മസ്വരൂപനായിരിക്കുന്നവനെന്തിനും ആത്മാവിനെ അറിയാൻ ശ്രമിക്കുന്നു അതിന് ഉത്തരവാദികൾ അതുകൊണ്ട് ഈ വൃത്തികൾക്ക് ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല എങ്ങനെയാണോ ഈ അഗ്നിക്ക് അതിനെ പ്രകാശിപ്പിക്കാൻ കഴിയാത്തത് അതുപോലെ ഈ വൃത്തികളെ നമ്മൾ ഏകാഗ്രമാക്കി അതിനെ വലുതാക്കി ആത്മോന്മുഖമാക്കി അന്തർമുഖമായും മനനം നടത്തി ആ വൃത്തികളെ ആത്മാകാരമാക്കിയാൽ അത് പ്രകാശിപ്പിക്കും എന്നാലും ഇല്ല അതെത്ര ദൃഢമായ അന്തിമമായ പരിണാമമായാൽ കൂടിയും അതിന് പ്രകാശിപ്പിക്കാൻ കഴിയത്തില്ല മറിച്ച് അതിനെന്താണ് പ്രയോജനമുണ്ട് അത് വ്യർത്ഥമാകുന്നില്ല അതി അജ്ഞാനം മറയെ നീക്കുന്നു അതിനെ പ്രകാശിപ്പിക്കുന്നില്ല അതാണ് വൃത്തിവ്യാപ്തി ഫലവ്യാപ്തി ഇങ്ങനെയൊക്കെയുള്ള സാങ്കേതിക ശബ്ദത്തിൽ പിന്നീട് ഉണ്ടായിട്ടുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം വിശദീകരിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് സാങ്കേതിക ഭാഷയിൽ അവിടെ വിശദീകരിക്കുന്ന ഇവിടെ അങ്ങനെയൊരു സാങ്കേതികത്വം വിട്ടിട്ട് സാധാരണ ഭാഷയിൽ കാര്യം പറയുന്നു സൂര്യനോ ചന്ദ്രനോ അഗ്നിക്കോ ഒന്നും പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല കിം ബഹുന യതിദം ആദികം സർവം ഭാതി എന്തുകൊണ്ട് അതിനെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല അതിന്റെ യുക്തിയാണ് അടുത്ത് പറയുന്നത് ഇവയെല്ലാം കൂടി ശ്രമിച്ചിട്ടും സഹജമായി സർവ ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുന്നു ബോധപൂർവം മനസ്സിനെ ഏകാഗ്രമാക്കി ആത്മാവിനെ അറിയാൻ ശ്രമിക്കുന്നു പക്ഷെ അതറിയാൻ കഴിയുന്നില്ല ബുദ്ധിക്ക് അത് വിഷയമാകുന്നില്ല എന്തുകൊണ്ട് അതിന് യുക്തി പറയുകയാണ് യതിദം ആദികം സർവം ഭാതി ആദിത്യം തുടങ്ങി സർവവും എന്തുകൊണ്ടാണ് പ്രകാശിക്കുന്നത് തമേവ പരമേശ്വരം ഭാന്തം ദീപ്യമാനം അനുഭാദി അനുദീപ്യത കാരണം ഈ പ്രകാശങ്ങൾക്കൊന്നും അതിനെ പ്രകാശിപ്പിക്കാൻ കഴിയാത്ത കാര്യം ആ പ്രകാശത്തിനെ ആശ്രയിച്ചിട്ടാണ് ഇതെല്ലാം പ്രകാശിക്കുന്നത് എന്നത് തന്നെ ആ പ്രകാശത്തെ ആ പരമേശ്വരന്റെ പ്രകാശത്തെ ആശ്രയിച്ചിട്ട് ഈ സർവ്വ പ്രകാശങ്ങളും നിലനിൽക്കുന്നു എന്നർത്ഥം കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ആ പരമേശ്വരൻ തന്നെ ആ പരമാത്മാവ് തന്നെ ജീവഭാവത്തിൽ ബോധരൂപനായി അറിവായി പ്രകാശിക്കുന്നതുകൊണ്ടാണ് സൂര്യപ്രകാശവും ചന്ദ്രപ്രകാശവും എന്ന് സൂര്യചന്ദ്രപ്രകാശങ്ങളെല്ലാം ജഡം ഉള്ളിലിരിക്കുന്നത് ചേതനം ഇത് രണ്ടുമാണ് വ്യത്യാസം അപ്പോൾ ആ ചൈതന്യ പ്രകാശം കൊണ്ട് ജഡപപ്രകാശങ്ങളെ അറിയും അതാണ് ഈ ചൈതന്യത്തിന്റെ സഹായത്താൽ ആ ജഡം പ്രകാശിക്കുന്നെന്ന് പറയുന്നത് പ്രകാശം എന്ന് പറയുന്ന ശബ്ദം രണ്ടിടത്ത് ഒന്നാണ് ജഡപപ്രകാശം എന്ന് പറയുന്നിടത്തും ചൈതന്യപ്രകാശം എന്ന് പറയുന്നിടത്തും പക്ഷെ അതിന്റെ അർത്ഥത്തിന് തമ്മിൽ പരസ്പരം യാതൊരു ബന്ധമില്ല ജഡപ്രകാശം എന്ന് പറയുന്നത് ചൈതന്യം അല്ലെങ്കിൽ ബോധം അതിന് വിഷയമാകുന്ന ഒരു ഭൗതിക വസ്തുവാണ് ജഡപ്രകാശം ഭൗതികമാണ് അത് അന്ധകാരത്തിന് വിപരീതമായ ഒരു ഭൗതിക വസ്തു അതാണ് ജഡപ്രകാശം മറിച്ച് ചൈതന്യം എന്ന് പറയുന്നത് അതറിവാണ് അവിടെ പ്രകാശം എന്ന് പറഞ്ഞാൽ അറിവ് നടത്തും അപ്പോൾ അറിവിന് വിഷയമാകുന്നത് എന്നേയുള്ളൂ ജഡപപ്രകാശത്തിന്റെ പ്രകാശ സ്വഭാവം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അത് അറിവിന് വിഷയമാകുന്നു അല്ലെങ്കിൽ അന്ധകാരത്തിന് മാറ്റി വസ്തുവിനെ അറിയുന്നതിന് അതറിവിനെ സഹായിക്കുന്നു അതാണ് ജഡപപ്രകാശത്തിന്റെ പ്രത്യേകത ആത്മപ്രകാശം എന്ന് പറയുമ്പോൾ അത് അറിവാണ് ജഡപ്രകാശം അതും പരസ്പര വിരുദ്ധമായ സ്വഭാവത്തോടുകൂടിയതാണ് രണ്ട് ജഡപ്രകാശത്തിനും ആവരുണ സ്വഭാവമാണ് പക്ഷെ അറിവിനങ്ങനെ ഒരു സ്വഭാവമില്ല ജഡപ്രകാശം എന്ന് പറയുന്ന എന്താണ് ശബ്ദസ്പർശ രൂപരസഗന്ഥങ്ങളിൽ രൂപം അതിനാണ് ജഡപപ്രകാശം എന്ന് പറയുന്നത് അതിന്റെ ആവരണ സ്വഭാവം എന്ന് പറയുന്ന എന്താണ് അതും വാസ്തവത്തെ മറച്ചു കളയുന്നു ഭൂതങ്ങളെല്ലാം സത്യത്തെ മറയ്ക്കുന്നതാണ് ശബ്ദസ്പർശ രൂപരസങ്ങളാകുന്ന ഈ വിഷയങ്ങളാണ് സത്യത്തെ മറച്ചിരിക്കുന്നു ആ വിഷയജ്ഞാനും തന്റെ സ്വരൂപത്തെ മറയ്ക്കുന്നു അപ്പോൾ നമ്മൾ പുറമേ സർവത്തെയും പ്രകാശിപ്പിക്കുന്ന സൂര്യപ്രകാശമെന്നും മറ്റും പറയുന്ന ആദ്യം ആ രൂപം എന്ന് പറയുന്ന ഭൗതിക വസ്തു വാസ്തവത്തിൽ ആഭരണ സ്വഭാവങ്ങളാണ് സത്യത്തെ മറയ്ക്കുന്നതാണ് അതും അർത്ഥബോധത്തിന് തടസ്സമായി നിൽക്കുന്നതാണ് അതുകൊണ്ട് പ്രകാശം എന്ന് വിശേഷണം അതിന് പൂർണ്ണമായും യോജിക്കത്തില്ല അത് അറിവിന് മാത്രമേ യോജിക്കുന്നുള്ളൂ പ്രകാശം എന്ന് പറയുന്നു ആ അറിവിനെ ആശ്രയിച്ച് ബാഹ്യമായ സൂര്യപ്രകാശം പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം ആ അറിവിലൂടെ നമ്മൾ സൂര്യപ്രകാശത്തെ അറിയുന്നു എന്നാണ് ഉള്ളിലെ അറിവ് പ്രകാശിപ്പിക്കുമ്പോൾ മാത്രമേ സൂര്യൻ പ്രകാശിക്കുന്നുള്ളൂ സുഷുത്തിയിൽ ഈ അറിവ് പ്രകാശിക്കാതിരിക്കുമ്പോൾ അവിടെ സൂര്യനും പ്രകാശിക്കുന്നില്ല അന്ന് തസ്യഭാഷ സർവമിതം വിഭാതി ഈ അറിവിന്റെ വെളിച്ചത്തിൽ സർവമിതം സൂര്യനും ചന്ദ്രനും വിദ്യുതുമെല്ലാം വിഭാതി അറിയപ്പെടുന്നു അതുകൊണ്ട് ഈ അറിവിനെ ആശ്രയിച്ചതിന് നിലനിൽപ്പുള്ളൂ അറിവ് പ്രകാശിക്കുമ്പോൾ മാത്രം ഉണ്മ ഉള്ള സത്യമുള്ള ഇതിന് ഈ അറിവിനെ ആശ്രയിച്ചേ നിലനിൽക്കൊള്ളൂ ഈ അറിവിന്റെ ഇല്ലായ്മയെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല ഈ അറിവിന്റെ ഇല്ലായ്മയെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു വിഷയത്തെയും സങ്കല്പിക്കാൻ പറ്റത്തില്ല സൂര്യൻ ചന്ദ്രൻ ഇതിനും ഒന്നിനും അവിടെ സങ്കല്പിക്കാൻ കഴിയത്തില്ല കാരണം അറിവിന് വിഷയമായിരിക്കുന്ന ഒരു വസ്തു അറിവിന്റെ ഇല്ലായ്മയിൽ പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല അറിവിന്റെ ഇല്ലായ്മയെ ചിന്തിച്ചു കഴിഞ്ഞ സങ്കല്പിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് ഇവിടെ പറയുന്ന എന്താണ് സമീപ പരമേശ്വരം ഭാന്തം ആ പരമേശ്വരൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ദീപ്യമാനം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അതിനെ ആ പ്രകാശത്തിൽ ഇതെല്ലാം പ്രകാശിക്കുന്നു ആ അറിവിൽ ഇതെല്ലാം വിഷയങ്ങളായി നിൽക്കുന്നു എന്ന് അതൊന്നുകൂടി വിശദീകരിക്കുന്നു യഥാ ജല ീപ സൂര്യാദം വള്ളം ഉന്മുഖം തീ കനൻ വിറക് കനൻ അഗ്നി സംയോഗ അഗ്നിം ദഹന്തം അനുദഹതി വാസ്തവത്തിൽ ജലം അഗ്നി അല്ല പക്ഷെ അഗ്നി സംയോഗം വന്നുകഴിഞ്ഞാൽ അത് തിളച്ചു കഴിഞ്ഞാൽ അതാണ് അതിൽ വരുന്ന അഗ്നി സംയോഗം അതും ദഹിപ്പിക്കുന്നു ജലം ദഹിപ്പിക്കുന്നതല്ല പക്ഷെ ജലം തിളച്ചു കഴിഞ്ഞാൽ വെള്ളം തിളച്ചു കഴിഞ്ഞാൽ അഗ്നി എവിടുന്നു മാറ്റുക എന്നാണ് അത് ദഹിപ്പിക്കും അഗ്നിയിലും വരും ദഹിപ്പിക്കുന്ന സ്വഭാവം അതുപോലെ തന്നെ വിറകിലും സംഭവിക്കുന്നു വിറകും കത്തിക്കഴിഞ്ഞാൽ അത് കനലായി കഴിഞ്ഞാൽ അത് ദഹിപ്പിക്കുന്നു വിറകെ ദഹിപ്പിക്കുന്നു അതാണ് അനുദഹതി അതാണ് ജല ഉൾമുഖാദി ജലം വിറകും മുതലായവ അഗ്നി സംയോഗാദ് അഗ്നിയുമായിട്ടുള്ള ബന്ധം കൊണ്ട് അഗ്നിം ദഹന്തം എങ്ങനെയാണോ ദഹിക്കുന്ന അഗ്നി മറ്റുള്ളവയെ ദഹിപ്പിക്കുന്ന അതുപോലെ അനുദഹതി ഇവയും മറ്റുള്ളവയെ ദഹിപ്പിക്കുന്നു എന്നാ സ്വത സ്വയം ദഹിപ്പിക്കുന്ന ശക്തിയില്ല വിറകിനു ആരെയും ദഹിപ്പിക്കാൻ കഴിയില്ല വെള്ളത്തിനും ദഹിപ്പിക്കാൻ കഴിയില്ല തദ്വഅ അതുപോലെ പക്ഷെ അതും ദഹിപ്പിക്കുന്നുള്ളതുപോലെ തസീവ ഭാഷ ആ ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കുക അതിന്റെ ആ ഏകദേശ സാദൃശ്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു സ്വതേ ഇല്ലാത്തൊരു ശക്തി വിശേഷം അതിലുണ്ടെന്ന് നമ്മൾ ധരിക്കുന്നു അതുപോലെ ആ പരമാത്മപ്രകാശത്തിൽ ദീപ്യ സർവമിതം സർവവും വിഭാദി പരിശ്രമിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കലും സൂര്യനും ചന്ദ്രനും ഒന്നും ഇതിനെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല ബുദ്ധി വൃത്തികൾക്ക് പോലും അതിന് കഴിവില്ല അസ്വയം കാരണം എവിടെയാണോ പ്രകാശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി നടക്കുന്നത് അല്ലെങ്കിൽ അറിയുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി നടക്കുന്നത് അവിടെ ആ പ്രവൃത്തിക്ക് വിഷയമാകുന്നത് അന്യമായ ഒന്നേ വിഷയമാകത്തുള്ളൂ ഒരിക്കലും ഒരു പ്രവൃത്തിക്ക് അതുതന്നെ വിഷയമാകത്തില്ല അങ്ങനെ വന്നുകഴിഞ്ഞാൽ അതിന് ശാസ്ത്ര പറയും കർത്തൃ കർമ്മദോഷമെന്ന് പറയും കർത്താവ് തന്നെ കർമ്മവുമായി അത് സംഭവിക്കത്തില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രപഞ്ച നിയമത്തിന് പ്രപഞ്ചഘടനയ്ക്ക് തന്നെ നാശം വരും ഒന്നുകൂടി മനസ്സിലാക്കാൻ പറഞ്ഞാൽ അഗ്നി ദഹിപ്പിക്കുന്നു സർവത്തെയും അങ്ങനെ ദഹിപ്പിക്കുന്ന അഗ്നി സ്വയം ദഹിപ്പിക്കുന്നുവെന്നിരിക്കട്ടെ അങ്ങനെ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അഗ്നി കാണത്തില്ല അഗ്നി സ്വയം അതിനെ ദഹിപ്പിക്കുന്നു അങ്ങനെ സങ്കല്പിച്ചു നോക്കുക അങ്ങനെ നമുക്ക് നമ്മുടെ സങ്കല്പത്തിൽ അനുഭവപ്പെടാത്ത ഒരു കാര്യമാണ് അഗ്നി വിറകിനെ ദഹിപ്പിക്കുക അതുകൊണ്ട് എന്താ സംഭവിക്കുന്നു വിറക് അതേ അഗ്നിക്ക് അങ്ങനെ ഒരു സ്വഭാവം വന്നു കഴിഞ്ഞാൽ തന്നെ തന്നെ ദഹിപ്പിക്കുക എന്നൊരു സ്വഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെ അഗ്നി കാണത്തില്ല ശൂന്യമായി പോകും അഗ്നി കാരണം എന്താണോ അഗ്നിയുടെ ദഹനത്തിന് വിഷയമാകുന്നത് അതിന് നാശം സംഭവിക്കുന്നു അതേ നാശം അഗ്നിക്ക് സംഭവിച്ചും അത് അതിനെ ദഹിപ്പിക്കാൻ തുടങ്ങിയ അതുകൊണ്ട് അഗ്നിക്ക് ഒരിക്കലും അഗ്നിയെ ദഹിപ്പിക്കാൻ സാധ്യമല്ല അങ്ങനെ സങ്കല്പിക്കുകയാണെങ്കിൽ നമ്മൾ അഗ്നി അഗ്നിയെ ദഹിപ്പിക്കുന്നു എന്ന് സംഭവിച്ച് സങ്കല്പിച്ചു കഴിഞ്ഞാൽ വരുന്ന ദോഷത്തെയാണ് കടുത്ത എന്ന് പറയും അഗ്നി തന്നെ കർത്താവായിരിക്കുക അത് തന്നെ കർമ്മവുമായിരിക്കുക നമ്മൾ പറയും ഒരു പ്രവൃത്തി ചെയ്യുന്നവന് കടത്താവെന്നും ആ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നവന് കർമ്മമെന്നും പറയും ഇത് രണ്ടും ഒന്നിൽ സംഭവിക്കുക അത് ഒരു പദാർത്ഥത്തിനും ഒരിക്കലും സംഭവിക്കത്തില്ല അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ പദാർത്ഥം ഇല്ലാതായിരിക്കും ശബ്ദസ്പർശ രൂപ രസഗന്ധം അഞ്ച് പദാർത്ഥങ്ങളാണ് ഇവിടെ പറയുന്നത് സർവ്വം മുതൽ അന്തർഭവിച്ചിരിക്കുന്നു ഏതെങ്കിലും ഒരു വസ്തുവിൽ ഈ പറയുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം നടന്നുകഴിഞ്ഞാൽ പിന്നീട് ആ ആ ക്ഷണം ആ വസ്തുവിന് നിലനിൽപ്പില്ലാതെ ആയിപ്പോകും അതുകൊണ്ട് പ്രകാശിക്കുന്ന ഒന്നിനും സ്വയം പ്രകാശിപ്പിക്കാൻ കഴിയില്ല പെട്ടെന്ന് നമ്മൾ ചോദിക്കും അങ്ങനെയാണെങ്കിൽ പ്രകാശം ആദിത്യൻ അത് സ്വയം പ്രകാശിപ്പിക്കുകയല്ലേ എന്നിട്ട് മറ്റു വസ്തുക്കളെ പ്രകാശിപ്പിക്കുകയല്ലേന്ന് ചോദിച്ചു സ്ഥൂലമായ ദൃശ്യം അത് ശരിയാണ് പക്ഷെ വാസ്തവത്തിൽ സൂര്യൻ സ്വയം പ്രകാശിപ്പിക്കുന്നില്ല സൂര്യൻ മറ്റുള്ള വസ്തുക്കളെ പ്രകാശിക്കാൻ സഹായിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ് പക്ഷെ സ്വയം അതിന് പ്രകാശിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് കാരണം സൂര്യന്റെ പ്രകാശത്ത് അറിയുന്നത് എങ്ങനെ സൂര്യന്റെ പ്രകാശത്തിലൂടെ എല്ലാം മറിച്ച് നമ്മുടെ ഉള്ളിലിരിക്കുന്ന അറിവിലൂടെയാണ് സൂര്യന്റെ പ്രകാശത്തെ അഗ്രഹിക്കുന്നത് നമ്മുടെ ദൃഷ്ടികോളങ്ങളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഒരു പ്രകാശമുണ്ട് ആ പ്രകാശമാണ് സൂര്യനെ പ്രകാശിപ്പിക്കുന്നത് അല്ലാതെ സൂര്യനിൽ ഇരിക്കുന്ന പ്രകാശമുണ്ട് അങ്ങനെ സൂര്യന് സ്വയം അതിന്റെ പ്രകാശത്തെ പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ അന്ധനും സൂര്യൻ പ്രകാശിച്ചു അന്ധനും സൂര്യൻ അന്തന്റെ ദൃഷ്ടിയിലൂടെ സൂര്യനെ പ്രകാശിപ്പിക്കുന്ന രശ്മികൾ പുറത്തേക്ക് പോകുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് ജഡമായ ഒരു വസ്തുവിനും സ്വയം ഈ പ്രപഞ്ചത്തിൽ ഈശ്വരശിഷ്ടമായ ഒരു വസ്തുവിനും സ്വയം പ്രവർത്തിക്കാൻ കഴിയത്തില്ല അതിൽ പ്രകാശം പോലെയുള്ള ഒരു പ്രവർത്തികളും തന്നെ തന്നെ സംഭവിക്കത്തില്ല സംഭവിച്ചുകഴിഞ്ഞാൽ ഈ പറയുന്ന കർമ്മഘടത്തിൽ ദോഷം വരും അതുകൊണ്ടാണ് ഈ പറയുന്ന പ്രകാശങ്ങൾക്കൊന്നും ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഒരു വസ്തുവിന് അതിൽ പ്രകാശിക്കാൻ കഴിയാത്തതുകൊണ്ട് അതുകൊണ്ട് സൂര്യന് എന്തുകൊണ്ട് ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല കാരണം സർവവസ്തുക്കളുടെയും സ്വരൂപമായിരിക്കുന്നത് പ്രത്യേകമായിരിക്കുന്നത് ഈ ആത്മാവാണ് സൂര്യനായാലും ചന്ദ്രനായാലും സർവപ്രപഞ്ചഘടകങ്ങളായാലും അതിന്റെ പ്രത്യേക സ്വരൂപമായിരിക്കുന്നത് അതിന്റെ സത്യയായി ഉണ്മയായിരിക്കുന്ന എന്താണ് ആത്മാവാണ് അതുകൊണ്ട് തന്നിൽ തനിക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ല തന്റെ ഉണ്മയിലേക്ക് തന്റെ പ്രവർത്തനങ്ങളൊന്നും നടക്കത്തില്ല ക്രിയകൾ വ്യാപാരങ്ങൾ ഒരു തരത്തിലുള്ള ക്രിയകളും അവിടെ സംഭവിക്കത്തില്ല അതുകൊണ്ട് സൂര്യന്റെയും പ്രത്യേകമായിരിക്കുന്ന സ്വരൂപമായിരിക്കുന്ന വാസ്തു സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ സൂര്യന് സാധ്യമല്ല അതുകൊണ്ടാണ് അതിനെ പ്രകാശിപ്പിക്കുന്നതിന് കണ്ണിൽ നിന്ന് ഉള്ള പ്രകാശം വേണ്ടിവരുന്നത് പിന്നെ അത് സഹായിക്കുന്നുവെന്ന് മാത്രം ബാഹ്യമായിരിക്കുന്ന വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നതിന് അത് ഒന്ന് സഹായിക്കുന്നു കൂടുതൽ സൂക്ഷ്മമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് സഹായിക്കുന്നുമില്ല മനസ്സിലാക്കാം അതിനും സഹായിക്കുന്നില്ല എന്ന ഏതെങ്കിലും തരത്തിൽ ഒരു വസ്തുവിനെ പ്രകാശിപ്പിക്കാൻ വാസ്തവത്തിൽ ഈ ജഡപ്രകാശങ്ങൾ നമ്മളെ സഹായിക്കുന്നു എന്ന് പറയുന്നത് ഒരു സ്ഥൂല ദൃഷ്ടിയിലാണ് സൂക്ഷ്മമായി ഒരു പ്രകാശത്തിനും സൂര്യന്റെ പ്രകാശത്തിനോ ചന്ദ്രന്റെ പ്രകാശത്തിനോ ഒന്നും ഈ ജീവനെ സഹായിക്കാൻ കഴിയത്തില്ല വസ്തുജ്ഞാനത്തിന് ഒരുക്കാൻ കഴിയത്തില്ല എന്തുകൊണ്ട് നമ്മൾ സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ മനസ്സിലാകും ആ പ്രകാശം പോലും ഈ ജീവചൈതന്യ പ്രകാശത്തെ ആശ്രയിച്ചാണ് അതിന്റെ നിലനിൽപ്പ് പോലും എന്നുള്ളത് സൂര്യപ്രകാശം പോലും നിലനിൽക്കുന്ന എന്തിനെ ആശ്രയിച്ച് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മപ്രകാശത്തെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നു ഇന്ദ്രിയങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ഈ ആത്മപ്രകാശത്തെ ആശ്രയിച്ചാണ് കേവലമായ അതിന്റെ നിലനിൽപ്പ് പോകുന്നത് ഇതിനെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ആ പ്രകാശത്തിന് എങ്ങനെ ഇതിനെ സഹായിക്കാൻ പറ്റും ഒരിക്കലും ഈ ആത്മപ്രകാശത്തെ സഹായിക്കാനുള്ള ശേഷി അതിനില്ല ആ പ്രകാശം നമ്മൾ കരുതുന്ന എന്താണ് പ്രകാശം ഇരുട്ടിനെ മാറ്റുന്നു അപ്പോൾ ചക്ഷു ഇന്ദ്രിയം പോയി വിഷയത്തെ ഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ പ്രാഥമിക പാഠങ്ങളിൽ പഠിക്കുന്നത് പക്ഷെ അതൊന്നും നിലനിൽക്കുന്ന കാര്യങ്ങളല്ല അങ്ങനെയൊന്നും വാസ്തവത്തിൽ പരമാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല മറിച്ച് ഈ പ്രകാശം എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് വരുന്ന ഈ ബോധത്തെ ആശ്രയിച്ച് മാത്രം നിലനിൽക്കുന്ന ഒരു ഭൗതികമായ കേവലമായ ഒരു വസ്തു മാത്രമാണ് തസ്യഭാസാദീപ്തിയാ ഈ ഉള്ളിൽ നിന്ന് വരുന്ന ഈ പ്രകാശത്തിന്റെ ദീപ്തിയിൽ സർവ്വമിതം വിഭാഗം ഈ സൂര്യനും അതിനെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒന്നാണ് ഒരിക്കലും അതിനെ സഹായിക്കുന്ന ഒന്നില്ല മറിച്ച് ഇതിന്റെ മാത്രം നിലനിൽക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഇവിടെയാണോ സർവ്വാന്ധകാരം വരുന്നത് സുഷു അവിടെ സൂര്യന് പ്രകാശിക്കാൻ പറ്റുന്നില്ല സൂര്യനവിടെ ജീവനെ സഹായിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് അതിന്റെ തന്നെ നിലനിൽപ്പ് അവിടെ നിശ്ചിച്ചിരിക്കുന്നു അവിടെ നിലനിൽക്കാൻ കഴിയുന്നില്ല അത് വാസ്തവത്തെ സഹായിക്കല്ല ചെയ്യുന്നത് മറിച്ച് അത് ഈ ജീവപ്രകാശത്തിന്റെ സഹായത്തിൽ സ്വന്തം സത്യ ഉണ്മയെ നിലനിർത്തുന്നു എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ പറഞ്ഞ എന്താണ് സർവമിതം വിഭാതി സർവം ഇതം സർവം ഈ പ്രപഞ്ചം മുഴുവൻ ജഡമാകട്ടെ ചൈതന്യമാകട്ടെ അന്ധകാരമാകട്ടെ ബാഹ്യമായ പ്രകാശമാകട്ടെ ഇത് രണ്ടും ഈ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ കേവല സാന്നിധ്യത്തിൽ നിലനിൽക്കുന്നവയാണ് എന്നുവെച്ചാൽ സ്വന്തം സത്യയെ സ്വീകരിക്കുന്നവയാണ് എന്നർത്ഥം യഥൈവം ഇപ്രകാരമായതുകൊണ്ട് തദൈവ ബ്രഹ്മ ആ ബ്രഹ്മം വിഭാദ അത് പ്രകാശിക്കുന്നുണ്ട് അത് പ്രകാശിക്കുന്നില്ല രണ്ടും പറയാം കാര്യഗതേന വിവിധേന ഭാസ സസ്യബ്രഹ്മണ ഭാരൂപത്വം സ്വതോ അവഗമ്യതി ആ സൂര്യന്റെ പ്രകാശം നമ്മുടെ ബാഹ്യമായ ഇരുട്ടിനെ മാറ്റുന്നു ഇന്ദ്രിയങ്ങളിലൂടെ വിഷയഗ്രഹണം ഉണ്ടാകുന്നു ഉള്ളിൽ വിഷയങ്ങളെ കുറിച്ചുള്ള ബോധം ഉണ്ടാകും ഒരു വിഷയത്തെ അറിയുന്നു എന്ന് പറയുമ്പോൾ ആരുമുള്ളിലാണ് സംഭവിക്കുന്നത് ഉള്ളിൽ എന്ന് പറയുമ്പോൾ ഈ ജഡവവസ്തുക്കൾക്കുള്ളിൽ ജഡമായിരിക്കുന്ന സ്ഥൂല ശരീരം ഈ ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ വിഷയങ്ങൾക്കെല്ലാം ഉള്ളിലൊരു സൂക്ഷ്മ തലമുണ്ട് മനസ്സിന്റെ തലം അന്ധക്കരണത്തിന്റെ തലം ഈ അന്ധകണ്ണത്തിന്റെ തലത്തിലാണ് ഈ വിഷയങ്ങളെല്ലാം പ്രകാശിക്കുന്ന അല്ലെങ്കിൽ ഈ വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്ന വ്യാപാരം പ്രവൃത്തി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടെ പറയുന്നത് കാര്യഗഥേന വിവധേന ഭാഷ കാര്യം പ്രപഞ്ചം കാര്യനിഷ്ഠമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിനിരിക്കുന്ന പല പ്രകാശം ബാഹ്യമായ സ്ഥൂലമായിരിക്കുന്ന പ്രകാശങ്ങൾ നമുക്ക് തെളിവാണ് നൽകുന്നതിനാണ് തസ്യബ്രഹ്മണഹഭാരൂവത്വം ഈ ജഡമായ വസ്തുക്കളെല്ലാം പ്രകാശിക്കുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാം തസ്യബ്രഹ്മണഹാരത്വം എന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആ പ്രകാശത്തെ ഈ പ്രകാശങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ബാഹ്യമായ ഇവ പ്രകാശിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പ്രകാശം എന്നിങ്ങനെ നമ്മുടെ ഉള്ളിൽ പ്രകാശമുള്ളപ്പോഴേ ഇതെല്ലാം പ്രകാശിക്കുന്നുള്ളൂ ഉള്ളിൽ പ്രകാശമില്ലെങ്കിൽ ഇത് പ്രകാശിക്കുന്നില്ല ജാഗ്രതത്തിലും സ്വപ്നത്തിനും ഉള്ളിൽ പ്രകാശമുള്ളൂ ഇതെല്ലാം പ്രകാശിക്കുന്നു സുഷുതി അവിടെ പ്രകാശമില്ല ഇതൊന്നും പ്രകാശിക്കുന്നില്ല എന്നിങ്ങനെ അപ്പൊ ഈ വിഷയങ്ങളെ തിരിച്ചും നമുക്ക് ചിന്തിക്കാം നമ്മൾ അറിയുന്നതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം നിലനിൽക്കുന്നു സൂര്യനും ചന്ദ്രനും പ്രകാശം ഇരട്ടുമെല്ലാം നനനിൽക്കുന്നു ഹ്യ വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധം അത് തന്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ബോധമാണ് എന്നിങ്ങനെ തിരിച്ചും ചിന്തിക്കാം തന്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ഒരു ബോധം ബാഹ്യബോധം നിലനിൽക്കുമ്പോഴേ നമുക്ക് അനുഭവപ്പെടുന്നുള്ളൂ ഇവിടെ ജാഗ്രതത്തിലും സ്വപ്നത്തിലും അതാണ് സുഹൃത്തിയിൽ അസ്തിത്വബോധം ഉണ്ടാകാത്തത് ഉറങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് അതിന്റെ അസ്തിത്വത്തെ കുറിച്ചുള്ള ബോധമില്ല എന്തുകൊണ്ട് അവിടെ ഈ ബാഹ്യ വിഷയങ്ങൾ ബോധമണ്ഡലത്തിൽ പ്രകാശിക്കുന്നില്ല എന്നർത്ഥം പറഞ്ഞിരിക്കുന്നത് കാര്യകതേന വിവിധേന ഭാഷ ഈ നാനാപ്രപഞ്ച ബോധം അതിലൂടെ ഈ ബ്രഹ്മത്തിന്റെ ആ പ്രകാശം അതിന്റെ സത്യയെക്കുറിച്ചുള്ള ബോധവും അറിയപ്പെടുന്നുണ്ട് എന്നർത്ഥം അജ്ഞാനാവസ്ഥയിൽ ഇത് സാപേക്ഷികമായ ഒരു തലമാണ് ഈ സാപേക്ഷികമായ തലത്തിൽ നമുക്ക് ഇത്തരത്തിലും വിശദീകരിക്കാം ബോധത്തെ ആശ്രയിച്ച് ഈ പ്രപഞ്ച ഭൌതികങ്ങൾ നിലനിൽക്കുന്നു ഈ ഭൌതികത്തെ ആശ്രയിച്ച് ഈ ബോധവും നിലനിൽക്കുന്നു എന്നും വ്യാവഹാരികമായ തലത്തിൽ പറയും പരമാർത്ഥത്തിൽ അങ്ങനെ പറയാൻ പാടില്ല വ്യാവഹാരികമായി പറയും കാരണം ഇത് സാപേക്ഷിക തലമാണ് സാപേക്ഷികമായ തലങ്ങൾ തന്നെ പരസ്പരം ആശ്രയിച്ചിരിക്കുന്ന രണ്ടഗ്രങ്ങൾ ഒന്ന് പ്രപഞ്ചം ഒന്ന് പ്രപഞ്ചബോധം ഇത് പരസ്പരം ബന്ധപ്പെട്ട് നില്ക്കുന്നു ഇവിടെ ഈ ബോധത്തിന് പ്രമാണമായി വിഷയങ്ങളും വിഷയങ്ങൾക്ക് പ്രമാണമായി ബോധവും നിക്കുന്നു അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ സാപേക്ഷിക തലം വ്യാവഹാരിക തലം എന്ന് നാം പറയുന്ന ഇതാണ് അപ്പൊ ഈ ബോധം കൊണ്ട് വിവിധേന ഭാഷ ഈ പ്രപഞ്ചബോധം കൊണ്ട് ബ്രഹ്മബോധം ഇവിടെ നമ്മളറിയുന്നു വ്യവഹാരിക തലത്തിൽ സപേക്ഷമായ തലത്തിൽ അറിയുന്നു എന്നാണ് അവിദ്യമാനം ഭാസനം അന്യസ്യ കളത്തും ശക്യം ഒന്നിന് സ്വയം നിലനിൽപ്പില്ലാതെ മറ്റൊന്നിനെ പ്രകാശിപ്പിക്കാൻ കഴിയത്തില്ല ഒരു പ്രകാശം സ്വയം നനനിൽക്കാതെ മറ്റൊന്നിനെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല ബാഹ്യമായി ചിന്തിച്ചാൽ വെളിച്ചം ആ വെളിച്ചം പ്രകാശിച്ചുകൊണ്ട് ഇരട്ടിലിരിക്കുന്ന വസ്തുക്കളുടെ മറ നീക്കമാണ് പ്രകാശിപ്പിക്കുന്നു അങ്ങനെ പ്രകാശിപ്പിക്കുക എന്നുള്ള ഒരു ധർമ്മം പ്രകാശത്തിൽ വരണമെങ്കിൽ അത് ആദ്യം പ്രകാശിക്കണം ആദ്യമെന്ന് പറഞ്ഞാൽ ഒരേ സമയം അത് പ്രകാശിക്കുകയും മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുകയും ചെയ്യും അതുപോലെ അവിദ്യമാനം ഒരു പ്രകാശമില്ലാതെ അന്യസി മറ്റൊന്നിനെ പ്രകാശിപ്പിക്കുന്നതിന് ഒരു വസ്തുവിന് കഴിയത്തില്ല അതുകൊണ്ട് ഇത് സ്വയം പ്രകാശിച്ചുകൊണ്ട് മറ്റുള്ളതിനെ എല്ലാം പ്രകാശിക്കുന്നു ഇത് അറിവായി നിന്നുകൊണ്ട് സർവത്തെയും അറിയിക്കുന്നു ജീവനെ ഘടാധീനാണ് അന്യ അവഭാസകത്വ അദർശനാണ് ഉദാഹരണമായി പറഞ്ഞാൽ എന്താണ് കൊടവും മറ്റും രണ്ടു വസ്തുക്കൾ അബാഹ്യമായ രണ്ടു വസ്തുക്കളെ എടുക്കുകയാണ് ഒന്ന് പ്രകാശം മറ്റൊന്ന് കൊടം പ്രകാശം എന്ത് ചെയ്യുന്നു കുടത്തെ പ്രകാശിപ്പിക്കുന്നു ആ പ്രകാശത്തെ മാറ്റി നിർത്തിയിട്ട് കുടത്തിനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുളായി പോകും അപ്പൊ അതിന് സ്വയം ആ കുടത്തിനെ നമുക്ക് കാണിച്ചു തരാനും അല്ലെങ്കിൽ മറ്റൊരു കുടത്തെ പ്രകാശിപ്പിക്കുന്നതിനു കഴിയുന്നില്ല അന്യഭാസകത്വ അദർശന ഭാസന രൂപ ആദിത്യാദീന തദ്ദർശന അച്ഛൻ പ്രകാശിക്കുന്ന പ്രകാശിക്കുന്ന ആദിത്യാദികളിലെല്ലാം അത് കാണുന്നുണ്ട് അത് മറ്റുള്ളവരെ പ്രകാശിക്കുന്നു പ്രകാശിപ്പിക്കുന്നു എന്നർത്ഥം അപ്പോൾ സൃഷ്ടിയുടെ ഒരു വിലക്ഷണമായ രൂപമാണ് രണ്ട് സ്ഥൂല രൂപങ്ങളാണ് പൃഥിവി എന്ന് പറയുന്ന ഒരു സ്ഥൂലമായ തത്വം അതുപോലെ സ്ഥൂലമായ ഒരു തത്വമാണ് അഗ്നി എന്ന് പറയുന്നത് രണ്ടും അദ്വൈതികളുടെ ഭാഷയിൽ പറഞ്ഞാൽ പഞ്ചീകൃത ഭൂതങ്ങളാണ് രണ്ടും പക്ഷേ സൃഷ്ടിയുടെ ഒരു ക്രമം അനുസരിച്ച് പറയുമ്പോൾ ഒന്നിനെ അപേക്ഷിച്ച് ഒന്ന് അല്പം കൂടി സ്ഥൂലമാണെന്ന് പറയാം ആകാശത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി സ്ഥൂലമാണ് വായു അനേക്കാൾ സ്ഥൂലമാണ് അഗ്നി അതിനേക്കാൾ സ്ഥൂലമായി അനേക്കാൾ സ്ഥൂലമാണ് ജലം അതിനേക്കാൾ സ്ഥൂലമായിരിക്കുന്നു അഗ്നി അഗ്നേകാൾ സ്ഥൂലമായിരിക്കുന്നു പൃഥ്വി ഇങ്ങനെ ഒരു അതിന്റെ ഒരു ക്രമം പറയുന്നുണ്ട് രൂപ ശബ്ദസ്പർശ രൂപരസഗന്ധം അഗ്നേകാൾ സ്ഥൂലമായി പറയുന്നത് ജലത്തെയാണ് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ശബ്ദത്തെ കാൽ സ്ഥൂലമായിരിക്കുന്നു സ്പർശം സ്പർശത്തെ കാൽ സ്ഥൂലമായിരിക്കുന്നു രൂപം ആനക്കാൾ സ്ഥൂലമായിരിക്കുന്നു രസം ആനക്കാൾ സ്ഥൂലമായിരിക്കുന്നു ഗന്ധം രസഗന്ധങ്ങൾ ജലം പൃഥ്വി എന്ന് പറയുന്ന ഈ രണ്ട് തത്വങ്ങളെ അപേക്ഷിച്ച് സൂക്ഷ്മമായിരിക്കുന്നതാണ് അഗ്നിതത്വം പക്ഷേ ഇത് രണ്ടും ഭൗതികമാണ് രണ്ടു സ്ഥൂലങ്ങളുമാണ് താരതമ്യേന ഒന്നിനെ അപേക്ഷിച്ച് സൂക്ഷ്മമായിരിക്കുന്നു അഗ്നിതത്വം അപ്പൊ അഗ്നിതംക്കാൾ സ്ഥൂലമായിട്ട് ഇവിടെ രണ്ട് വസ്തുക്കളെയുണ്ട് രസവും ഗന്ധവും ജലവും പൃഥിവി അതുകൊണ്ട് അഗ്നിക്ക് തന്നെക്കാൾ സ്ഥൂലങ്ങളായിരിക്കുന്ന രണ്ട് വസ്തുക്കളെ അത് പ്രകാശിപ്പിക്കാൻ പ്രകാശത്തിന്റെ സഹായത്തോടു കൂടി നമുക്ക് കാണാൻ കഴിയുന്നത് ഈ രണ്ട് തത്വങ്ങളെയോ പിന്നെ അതിനുള്ള ഒരു വിശേഷത എന്താണ് അതിനെക്കൂടി അതിന് പ്രകാശിപ്പിക്കാൻ കഴിയും അപ്പോൾ പ്രകാശത്തിന്റെ സഹായത്തോടുകൂടി പ്രകാശത്തെയും കാണാൻ കഴിയും ജലതത്വത്തെയും പൃഥ്വി കാണാൻ കഴിയും അതിന് മുമ്പിലുള്ള രണ്ട് തത്വങ്ങൾ ശബ്ദതത്വം സ്പർശതത്വം ആകാശം വായു ഇതിന് ഈ സൂര്യന്റെ സഹായത്തോടു കൂടി നമുക്ക് കാണാൻ കഴിയുന്നില്ല ഈ പ്രകാശത്തിന്റെ അഗ്നിതത്വത്തിന്റെ സഹായത്തോടു കൂടി നമുക്ക് കാണാൻ കഴിയുന്നില്ല കാരണം അതതിനപേക്ഷിച്ച് അതിനേക്കാൾ സൂക്ഷ്മങ്ങളായതുകൊണ്ട് എന്നർത്ഥം അപ്പൊ ഇതിന്റെ മധ്യത്തിന് നിൽക്കുന്ന ഒരു തത്വമാണ് അഗ്നിതത്വം അങ്ങനെ മുമ്പിൽ രണ്ടെണ്ണം ശബ്ദം സ്പർശം അതിനുശേഷം രണ്ടെണ്ണം രസം ഗന്ധം അങ്ങനെ മധ്യത്തിന് നിൽക്കുന്ന ഈ അഗ്നിതത്വത്തിന്റെ വിശേഷത ഇത് മധ്യത്തിന് നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിനുശേഷം വരുന്ന രണ്ടെണ്ണത്തിനില്ല അതിൽപ്പെടുന്നതാണ് ഇവിടെ പറഞ്ഞ കുടം എന്ന് പറയുന്നത് ഘടം എന്ന് പറയുന്നത് കലം മറ്റു വസ്തുക്കൾ എല്ലാം ഇതൊന്നും എന്ത് ചെയ്യുന്നു ഒരിക്കലും മറ്റുള്ളവയെ അതിനു പ്രകാശിപ്പിക്കുന്നതിനുള്ള ശേഷി അതിനില്ല അത് ജഡമായി തന്നെ ഇരിക്കുന്നു വസ്തുപ്രകാശന സാമർഥ്യം നഷ്ടപ്പെട്ടു പൂർണമായ സ്ഥൂല രൂപത്തിൽ തന്നെ ഇരിക്കുന്നു പാർത്ഥിവസ്തുക്കൾക്കൊന്നും മറ്റുള്ളവനെ അത് കൂടുതൽ സ്ഥൂലമായി പോയതുകൊണ്ടാണ് പ്രകാശിപ്പിക്കുന്നതിനുള്ള അതെന്താണ് ഘടാദീനാം ഘടത്തിനും മറ്റും എന്താണ് മറ്റു വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നതിനുള്ള ശേഷി അതിനില്ല മറിച്ച് ആദിത്യാദികൾ കാണുന്നുണ്ട് അത് അഗ്നിതത്വത്തിന്റെ ഭാഗമാണ് അതിന് മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുന്നതിനുള്ള ഒരു ശേഷി കാണുന്നുണ്ട് ഇത് സാപേക്ഷികമായി ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഒരു വസ്തുവിലാണ് വസ്തുവിന്റെ വിലക്ഷണമായ ഒരു സ്വഭാവമാണ് ഇതുപോലെ ആത്മവസ്തു സർവത്തെയും പ്രകാശിപ്പിക്കുന്നു ആത്മപ്രകാശത്തിന് വിഷയമായിരിക്കുന്ന ഈ അഗ്നിതത്വം പോലെയുള്ള അല്ലെങ്കിൽ അഗ്നിതത്വത്തിന്റെ കാര്യമായിരിക്കുന്ന സൂര്യാദികൾക്ക് പോലും ആത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്നതിനുള്ള ശേഷി ഇല്ല എന്നാണ് അവിടെ അതിന്റെ ആവശ്യമില്ല അതിന്റെ പ്രകാശനത്ത് അത് സ്വതപ്രകാശമാണ് സ്വയം പ്രകാശിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുമ്പും പറഞ്ഞിട്ടുണ്ട് സ്വയം അറിയുന്നത് അറിവായി നിൽക്കുന്നത് മറ്റുള്ളവരെ അറിയിപ്പിക്കുന്നത് ആ ഒരു സ്വഭാവം സൂര്യാതി വസ്തുക്കൾക്കും ഘടാദികൾക്കും ഇല്ല അതാണ് ആത്മലക്ഷണം എന്ന് പറയുന്നതിനാണ് അതാണ് സ്വത പ്രകാശത്വം സ്വത അപരോക്ഷത്വം എന്നുള്ള ആത്മാവിന്റെ ലക്ഷണം തന്നെ പറയുന്നു അത് ആത്മാവിന്റെ ലക്ഷണമാണ് അറിയുക അറിയിപ്പിക്കുക ആ ധർമ്മ അതൊന്നിനെയുള്ളൂ മറ്റൊന്നിനും അതില്ല അതാണ് തന്റെ സ്വരൂപമായിരിക്കുന്നത് അതാണ് പരമാത്മാവായും ജീവാത്മാവായും ഇരിക്കുന്നത് അതുകൊണ്ട് നേരത്തെ പറഞ്ഞു എന്താണ് ഇത് ബാധിജ വിഭാതിജിയുന്നു പറയാം അറിയുന്നില്ലെന്നും പറയാം അതിന്റെ പൂർണ്ണരൂപത്തിൽ അങ്ങനെ അതറിയുന്നില്ല ഇവൃത്തിയേഷണന്മാരായ സന്യാസിമാരതിനെ അറിയുന്നു എന്ന് പറഞ്ഞു അതിന്റെ പ്രാകൃതമായ രൂപത്തിൽ അതിനറിയുന്നുണ്ട് അതാണ് ഭാതി എന്ന് പറഞ്ഞു എല്ലാവരും അതിനറിയുന്നുണ്ട് അതിന്റെ സാമാന്യ ദർശനമുണ്ട് വിശേഷ ദർശനമില്ല എന്നിങ്ങനെയും പറയും സാമാന്യ ദർശനം ആത്മാവിന്റെ സാമാന്യ ദർശനം സാമാന്യ സാക്ഷാത്കാരം സർവർപ്പമുണ്ട് പക്ഷേ അതിന്റെ വിശേഷ സാക്ഷാത്കാരം വിശേഷമായ ബോധം ആർക്കുമില്ല ഈ രീതിയിലും അതിനെ വിശദീകരിക്കും അതാണ് ഈ മന്ത്രത്തിൽ ചർച്ച ചെയ്തത് സൂര്യോപാതി ചന്ദ്ര താരകം ചന്ദ്ര താരകങ്ങൾ അടുത്ത് നേമാ എന്ന് പറയുന്നത് ഇമാഹ എന്ന് പറയുന്നതിന്റെ വിശേഷണമാണ് ാണ് ഇമാത്രീലിംഗ ശബ്ദമാണ് ഇമാറുന്നത് വിദ്യു എന്ന് പറയുന്നതിന്റെ വിശേഷം ഇമാ ഇമാനിതഹ ഭാതി ഈ അഗ്നി എങ്ങനെ പ്രകാശിക്കും അവിടെ ന എന്നു പറഞ്ഞ നിഷേധാർത്ഥത്തിൽ നല്ല അഗ്നി എന്ന ഭാന്തം സർവം അനുഭാതി തമേവ ഭാന്തം അനുഭാതി സർവം ഭാന്തം തം പ്രകാശിക്കുന്ന അവനെ തുടർന്ന് സർവം അനുഭാതി തസ്യഭാസ അവന്റെ പ്രകാശത്താൽ സർവമിതം വിഭാദി സർവവും ഇത് പ്രകാശിക്കുന്നു എന്നാണ് ആത്മാകാരവൃത്തി നശിച്ചുകൊണ്ടാണോ സാക്ഷാത്കാരത്തിൽ നിലനിൽക്കുന്നത് എന്നാണ് വ്യാപ്തി എന്നാതിരിക്കുന്നത് ആത്മാകാരവൃത്തി എന്ന് പറയുന്നത് ബുദ്ധി വൃത്തിയാണ് ആത്മാകാരവൃത്തിയുടെ പ്രയോജനം എന്ന് പറയുന്നത് അജ്ഞാനനാശമാണ് അപ്പോൾ അത് ജഡമാണ് ഭൗതികമാണ് അന്ധകരണത്തിന്റെ പരിണാമമാണ് അതുകൊണ്ട് ജടനാശം അജ്ഞാനനാശം സംഭവിക്കുമ്പോൾ അത് നശിച്ചു പോകുന്നു അതുകൊണ്ടെന്താണ് അതിന് അതിന്റെ ശേഷി അജ്ഞാനത്തെ നശിപ്പിക്കുക അതിനൊരിക്കലും ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഈ സാക്ഷാത്കാരം എന്ന് പറയുന്നത് അവിടെ സംഭവിക്കുന്ന എന്താണ് സർവകൃർത്തി നാശം അതിന് അതുവരെ പരിശ്രമിച്ച് സമ്പാദിച്ചിരിക്കുന്ന ഈ ആത്മബോധമെന്ന് പറയുന്നു അതും അവിടെ ഇല്ലാതായിത്തീരുന്നു പിന്നെ അവിടെ ശേഷിക്കുന്ന ആത്മാവ് മാത്രം ആത്മബോധമല്ല ആത്മാവിനെക്കുറിച്ച് ആ ജീവൻ സ്വേച്ഛയാ വളർത്തിക്കൊണ്ടുവന്ന സർവ്വബോധങ്ങളും വൃത്തികളും അവിടെ നശിക്കുന്നതുകൊണ്ട് ആത്മാകാരവൃത്തി നശിക്കുന്നു എന്നർത്ഥം ആത്മാകാരവൃത്തി പരവക്ഷവൃത്തി ആത്മാവിനെ കുറിച്ച് ശ്രമിക്കുമ്പോഴെല്ലാം ഉണ്ടാകുന്നുണ്ട് പക്ഷെ പ്രതിക്ഷണമുണ്ടായി അടുത്ത ക്ഷണം നശിച്ചു മറ്റൊരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ആത്മാവിനെ വിസ്മരിച്ചു ഇതെങ്ങനെയാണോ ഇവിടെ വ്യവഹാര തലത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ആത്മാകാരവൃത്തി മറ്റ് വൃത്തികളെല്ലാം മാറി ആത്മാകാര വൃത്തിയായിത്തീരുന്ന ഒരവസ്ഥ അതിന് സമാധി അവസ്ഥയെന്ന് പറയുന്നു അങ്ങനെയുള്ള ആത്മസമാധിയിൽ എന്തു ചെയ്യുന്നു അജ്ഞാനനാശം സംഭവിക്കുന്നു ആത്മാകാര വൃത്തി കൊണ്ട് അജ്ഞാനനാശം സംഭവിച്ചാൽ ആ അജ്ഞാനകാര്യമായിരിക്കുന്ന വൃത്തി അജ്ഞാനത്തിൽ നിന്നാണ് ഭൂതങ്ങളുണ്ടായത് ആ ഭൂതത്തിൽ നിന്നാണ് സൂക്ഷ്മൂതം ആ ഭൂതത്തിൽ അന്തർഭവിക്കുന്നതാണ് സൂക്ഷ്മഭൂതം ആ സൂക്ഷ്മഭൂതത്തിന്റെ പരിണാമമാണ് ആത്മാകാരോവൃത്തി ആത്മാകാരോവൃത്തിയോടുകൂടിയിരിക്കുന്നു ചൈതന്യത്തോടു കൂടി നിൽക്കുന്ന ആത്മാകാരോവൃത്തി നശവും നശവും പിന്നെ ആ ചിതാഭാസം അതിന്റെ ആവശ്യമില്ല അതുമില്ലാതായിത്തീരുന്നു കേവലമായ ആത്മാവ് മാത്രം ശേഷിക്കുന്നു അതുകൊണ്ടാണ് സർവവൃത്തികളും നശിക്കുന്നു സർവവൃത്തിശൂന്യം എന്നാണ് ആത്മാവിനെ വിശേഷിപ്പിക്കുന്നത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് സദ്ഗുരുക്കന്മാർ ഒരാൾക്ക് അനേകം ജന്മങ്ങളിലൂടെ അനുഭവിക്കേണ്ട പ്രാബ്ധകർമ്മങ്ങൾ ഒരു ജന്മത്തിൽ അനുഭവിപ്പിച്ച് ലക്ഷ്യത്തിലെത്തിക്കുവാൻ ശ്രമിക്കുമെന്ന് പറയാറുണ്ടല്ലോ ശരിയാണ് അങ്ങനെ ഗുരുക്കന്മാർ ശിഷ്യരെ സഹായിക്കാറുണ്ടെന്ന് പറയാറുണ്ട് അത് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു തരുവാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതായത് കർമ്മങ്ങൾ എന്ന് പറയുന്നത് സാമാന്യ കാരണമായി നീക്കുന്നു ജീവന്റെ പ്രവൃത്തികളെല്ലാം വിശേഷ കാരണമായിട്ട് മോക്ഷത്തിന് നീക്കുന്നു മോക്ഷത്തിന് സാമാന്യ കാരണവും വിശേഷ കാരണം രണ്ടുമേണം എന്നറിയാം അപ്പോ ഗുരുക്കന്മാർ അവരുടെ ശക്തി കൊണ്ട് അവരുടെ അലൌകീയമായ അല്ലെങ്കിൽ ഈശ്വരീയമായ ശക്തി കൊണ്ട് ജീവന്മാരുടെ പ്രാരബ്ധങ്ങളെ കൊടുക്കുന്നു എന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്ത് വേണം പറഞ്ഞല്ലോ അത് സാമാന്യ കാരണമാണ് അവിടെ വിശേഷ കാരണം ഉണ്ടായിരിക്കുന്നു എന്നാലേ സംഭവിക്കത്തുള്ളൂ അതായത് ജീവന്റെ സ്വേച്ഛയായ പ്രവൃത്തികളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അതിനെ സഹായിക്കും സഹായിക്കും അങ്ങനെ ഇല്ലാത്തടത്ത് അത് പ്രവർത്തിക്കത്തില്ല എന്നർത്ഥം അതിന് സാറിന് ഒരു പ്രസിദ്ധമായ ഉദാഹരണം പറയാറുണ്ട് പിന്നെ വഞ്ചി തുഴയുന്ന ആളിനെ കടലിലെ കാറ്റ് സഹായിക്കും ആ കാറ്റെന്ന് പറയുന്ന ഒരു സാമാന്യ കാരണം തുഴയുക എന്ന് പറയുന്ന വിശേഷ കാരണം ലക്ഷ്യത്തിലെത്തുന്നതിന് മറുകര എത്തുന്നതിന് അതുപോലെ ഇതും പ്രവർത്തിക്കും ലക്ഷ്യത്തിന് എത്താൻ വേണ്ടി പരിശ്രമിച്ച് വള്ളം ഏറക്കി തുഴയുന്ന ഒരാളെ ആ കടലില് സമുദ്രത്തിലേക്ക് വള്ളം ഇറക്കി തുഴയാൻ ശ്രമിക്കുന്ന ഒരാളിനെയാണ് ആ കാറ്റ് ലക്ഷ്യത്തിലെത്തിക്കുന്നത് അപ്പം ഇതൊന്നും ചെയ്യാതിരിക്കുന്ന ഒരാളിനെ കരയിലാണ് വള്ളം ഇരിക്കുന്നതെങ്കിൽ കാറ്റ് അയാളെ സംബന്ധിച്ച് നിഷ്പ്രയോജനമാണ് അതുപോലെ പ്രാരബ്ധകർമ്മങ്ങൾ ഒരു ആളിന്റെ പ്രാരബ്ധ കർമ്മങ്ങൾ നശിപ്പിക്കണമെങ്കിൽ അയാളിൽ തത് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം അതാണ് അധികാരി എന്ന് പറയുന്നത് അവനും അധികാരിയായവനേ നശിപ്പിക്കത്തുള്ളൂ എന്നർത്ഥം അങ്ങനെയല്ല ഒരാൾ കരുതുകയാണ് എനിക്ക് പ്രാരബ്ധ കർമ്മങ്ങളുണ്ട് അപ്പൊ എന്റെ പ്രാരബ്ധങ്ങളെല്ലാം ഗുരു നശിപ്പിച്ചോളൂ എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് കരുതിയാൽ പിന്നെ ഗുരുവും അവിടെ നിസ്സഹാനായി പോകും ഗുരുവിനും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നർത്ഥം രണ്ടുപക്ഷത്തും ഉണ്ട് അങ്ങനെയാല് ലക്ഷ്യത്തിലെത്തുള്ളൂ ശിക്ഷന്റെ പക്ഷത്തുള്ള അല്ലെങ്കിൽ ജിജ്ഞാസുവിന്റെ സാധകന്റെ പക്ഷത്തിലുള്ള ആ പ്രവർത്തനങ്ങളും ഗുരുവിന്റെ അനുഗ്രഹവും രണ്ടും ഒരുമിച്ച് ചേർന്നു ഏതെങ്കിലും ഒന്നും മാത്രമായി സംഭവിക്കത്തില്ല അതാണ് സത്പാത്രം പറയുന്നത് സദ്ഗുരുവും സത്പാത്രവും രണ്ട് ചോദിക്കുന്നു സത്പാത്രത്തിലെ സദ്ഗുരുവിന്റെ കൃപയുണ്ടാകത്തുള്ളൂ സത്പാത്രമായില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഗുരു കൃപയുണ്ടാവും അതിനർഹമല്ലാത്തടത്ത് എങ്ങനെ അതുണ്ടാവും അപ്പം അതിനർഹത അതിനധികാരി എന്ന് ശാസ്ത്രീയമായ ഭാഷ പറയുന്നു മോക്ഷത്തിനൊരാൾ അധികാരിയാകണം അപ്പൊ ഗുരുവിൽ അങ്ങനെ വിശ്വാസമുണ്ട് എങ്കിൽ ഗുരുവിന്റെ കൃപയ്ക്കൊരാൾ പാത്രമായി തീരണം അങ്ങനെ ആകുമ്പോൾ അത് സംഭവിക്കും അതിന് അപ്പോൾ അങ്ങനെ ഗുരുവിന്റെ കൃപക്ക് പാത്രമാകണമെങ്കിൽ അതിനുവേണ്ടി അയാളുടെ പക്ഷത്തുനിന്ന് ചെയ്യേണ്ട പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിൽ ഗുരു കൃപ അതിനോട് ഒന്നിച്ചു ചേരുമ്പോൾ ഈ പറയുന്ന അനേക പ്രാരബ്ധർമ്മങ്ങളെല്ലാം അയാൾ ഒടുങ്ങുന്നു അതിനുവേണ്ടിയിട്ടാണ് പിന്നെ ഗുരു അയാളെ സത്യത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിപ്പിക്കുന്നു അവിടെ ജ്ഞാനപ്രാപ്തി വരെയുള്ള സർവ്വവും ഭക്തിയും ജ്ഞാനവും യോഗവും എല്ലാം അയാൾക്ക് എത്തിച്ചു കൊടുക്കുന്നു അതെല്ലാം അയാളെ പൂർത്തിയാകുന്നതിന് ഗുരു സഹായിക്കുന്നു അതെല്ലാം പക്ഷെ ഇതിനെല്ലാം ഇതെന്നും ഒരിക്കലും തനിക്ക് രക്ഷപ്പെടാനുള്ള തന്റെ കർത്തവ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ഉപായങ്ങളല്ല ഗുരു കൃപ എന്നോ ഗുരുവിന്റെ അനുഗ്രഹമെന്ന് പറയുന്നത് ആ രീതിയിൽ ചിന്തിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ശരിയാണ് ഗുരുവെല്ലാം ചെയ്തോളും തനിക്ക് ഉറങ്ങിയാൽ മതി എന്ന് കരുതി കഴിഞ്ഞാ അതുകൊണ്ട് ഗുരുവിനെ ജോലിയെല്ലാം ലാഭിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം ഗുരുവിന് പണിയൊന്നും ഇല്ലല്ലോ എന്ന് കരുതി രക്ഷപ്പെടുന്ന ഒരു കാര്യല്ലേ ഇത് അല്ലെങ്കിൽ തന്റെ താൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മാർഗങ്ങളിൽ നിന്ന് ഒരാൾക്ക് മാറി സഞ്ചരിക്കാതിരിക്കാൻ ഇതിനുപയോഗിക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും തനിക്ക് തനിക്ക് തന്റെ രീതി അനുസരിച്ച് പോകാം ഗുരു ബാക്കിയെല്ലാം നോക്കിക്കോളൂ അപ്പോ തനിക്ക് തന്റെ ഇഷ്ടം പോലെ പോകാം ബാക്കി കാര്യങ്ങളെല്ലാം ഗുരുവിനെ ഏൽപ്പിക്കാൻ അതൊന്നും നടക്കത്തില്ല തന്റെ ഭാഗത്ത് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഗുരു ഗുരുവിന്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ ഗുരു നമ്മൾ വിചാരിക്കുന്ന ഒരു മണ്ടനല്ല അത് അങ്ങനെ ഇത് രണ്ടും ഒരുപോലെ സംഭവിക്കും മറ്റതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല ഗുരു എന്ത് ചെയ്യും ഗുരു പ്രാരബ്ധങ്ങളെ നശിപ്പിക്കുക ഇങ്ങനെ ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളും നമ്മുടെ വിഷയമല്ല അത് ഗുരുവിന്റെ വിഷയമാണ് നമ്മൾ നമ്മുടെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട കാര്യത്തെ മാത്രമേ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ ഗുരുവിന്റെ കാര്യത്തെ ചിന്തിക്കണമെങ്കിൽ അത്രയും വലിയ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല അതൊരു ഭയങ്കര വലിയ ഉത്തരവാദിത്വം അതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മളെ ബുദ്ധിയൊക്കെ ഈടാക്കേണ്ട കാര്യമില്ല ഗുരു ഗുരുവിന്റെ സൗകര്യം പോലെ ഇഷ്ടം പോലെ സ്വാതന്ത്ര്യം പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തോ അത് നമ്മൾ ചെയ്യുക ബാക്കി സംഭവിച്ചോളും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല ശീ സർഭൂതരാത്മാക്കമസ്ഥം യേ നു പശ്യാ സുഖം ശാശ്വതം നീതരേഷ ോ നിേതനശ്ചേതോ ബഹൂനം യോ വിദാതികു പശ്യത്തിന് ധീരാ ശാന്തിേത മന്യന്തി परमं सुखं भादि विभादिवा भादि, भादि, नेमा विद्धितो സുഖം കഥം നു तमेव भांदम अनुभादि കൂതഭാഭാതി അസീ ഭാഷാ സർവമിദം വിഭാതി അസീ ഭാഷാ സർവമിദം വിഭാതി